ശ്രീമദ് ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായം പുരുഷോത്തമ യോഗം അതില് ഭഗവാന്റെ തന്നെ വാണി ത്രീശൻ ത്രൈ എന്ന് വെച്ചാൽ തന്നെ വേദം വേദമേ സ്വരൂപമായിട്ടുള്ള പൂർണത്ര വേദത്തിന്റെ പ്രതിപാദ്യമായ വസ്തു വേദപ്രതിപാദ്യമായ വസ്തു സർവേശ്വരൻ ആ സർവേശ്വരൻ തന്നെ ഭക്തന്മാരോടുള്ള അപാരകാരുണ്യത്താൽ ഉപദേശിച്ചതാണ് ഭഗവത്ഗീത അതും ഭഗവാന്റെ സ്വരൂപത്തിനെ ഭഗവാൻ തന്നെ പറയുന്നു പുരുഷോത്തമ ലക്ഷണം പുരുഷോത്തമ യോഗം അതാണ് നമ്മളുടെ വിഷയം ഇന്ന് നമുക്കൊരു ആമുഖമാണ് ഈ സത്സംഗത്തിലേക്ക് ഒരു പ്രവേശനം നാളെ മുതൽ ഗീതാധ്യാന ശ്ലോകം ചൊല്ലി ശ്ലോകമായിട്ട് എടുത്തു നോക്കാം വളരെ കുറച്ച് ശ്ലോകങ്ങളെ ഉള്ളു ഈ അധ്യായത്തില് ശ്രീമദ് ഭഗവത്ഗീത ധാരാളം കേട്ടിട്ടുണ്ടാവും അതും ഇവിടെ നല്ല സംസ്കാരമുള്ള സ്ഥലം ആചാര്യസ്വാമികൾ ഭഗവത്ഗീതയ്ക്ക് ഉപോദ്ഘാതം ഉപോദ്ഘാതം എന്ന് വെച്ചാൽ തുറക്കുക എന്ന അർത്ഥം ഒരു ഒരു പ്രിഫേസ് പോലെ ആ മുഖം ഗീത ആരംഭിക്കുമ്പോൾ ശ്രീ ശങ്കരാചാര്യസ്വാമികൾ ഗീതയ്ക്ക് ഭാഷ്യം എഴുതുമ്പോൾ ഒരു വിശേഷണം കൊടുത്തു സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം വേദത്തിന്റെ അർത്ഥം അർത്ഥത്തിന്റെ സാര സംഗ്രഹഭൂതം ഗീതാശാസ്ത്രം വേദത്തിനെ മുഴുവൻ സംഗ്രഹിച്ചാൽ അതിന്റെ സാരസംഗ്രഹഭൂതമാണ് ഗീത അതിന്റെ ലക്ഷ്യസ്ഥാനമാണ് ഭഗവാൻ പൂർണ്ണ ത്രീശൻ ത്രൈ എന്ന് വെച്ചാൽ വേദം ഭഗവാനെ ഭഗവാന്റെ വാസ്തവമായ സ്വരൂപം എന്താണ് എന്ന് പറഞ്ഞു തരാൻ ഭഗവത്ഗീത ആത്മീകരാമായണത്തിൽ ഒരു ശ്ലോകമുണ്ട് രാമായണം എന്തിനാണ് രാമായണം എന്തിനു എന്ന് വെച്ചാൽ രാമൻ അവതരിച്ചത് രാമന്റെ സ്വരൂപം പറഞ്ഞു രാമായണവും കൂടെ അവതരിച്ചു വേദവേദ്യേ പരേ പുംസി ജാതെ ദശരഥാത്മജെ വേദപ്രാചേതസാദ് സാക്ഷാത് രാമായണാത്മന വേദവേദ്യനായ പരമപുരുഷൻ ഭഗവാൻ പുരുഷോത്തമൻ ജാതെ ദശരഥാത്മജെ ദശരഥപുത്രനായി ജനിച്ചപ്പോ വേദം തന്നെ അവതരിച്ചു വേദപ്രാചേത സാദാസി ദശരഥന്റെ പുത്രനായി രാമൻ അവതരിച്ചപ്പോ വാൽമീകിയുടെ അപത്യമായിട്ട് രാമായണം അവതരിച്ചു വേദ പ്രാചേദസാദാസീത് സാക്ഷാത് രാമായത്മന രാമായണം വേറെയല്ല രാമൻ വേറെയല്ല അതേപോലെ ശ്രീമദ്ഭാഗവതത്തിലും നമ്മൾ പറയുന്നു ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേ ബഹി സ്വീകൃതീ മയാനാഥ മുക്തൃത്ഥം ഭവസാഗരേ കൃഷ്ണൻ വേറെ അല്ല ഭാഗവതം വേറെ നമുക്ക് കേരളത്തിൽ അധികം അറിയപ്പെടാത്ത ഒരു കഥ തമിഴില് ശിവഭക്തന്മാരുടെ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട് അതിൽ ഏറ്റവും ആരാധിക്കപ്പെടുന്ന ഒരു കൃതിയാണ് തിരുവാചകം തിരുവാചകം ശിവഭക്തിയുടെ അത്യദ്ഭുതമായ ഒരു കൃതിയാണ് തിരുവാചകം തിരുവാചകം എഴുതിയത് മാണിക്യവാചകസ്വാമികൾ അദ്ദേഹം തിരുവാചകം എഴുതി വച്ചില്ല വളരെ അദ്ഭുതമായ ഒരു കഥ മറ്റു ശിവഭക്തന്മാരൊക്കെ പാട്ടുകൾ ഉണ്ട് അതൊക്കെ തേവാരം എന്ന് പറയും ഭക്തന്മാരുടെ പാട്ടുകളെയൊക്കെ ശേഖരിച്ചു വെച്ചത് തേവാരം ജ്ഞാനസംബന്ധർ അപ്പർ സ്വാമികൾ ഇങ്ങനെ അനേകം ഭക്തന്മാർ പാടിയിട്ടുണ്ട് അതൊക്കെ തന്നെ അവരുടെ കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നു അവരൊക്കെ എഴുതിയെടുക്കും അല്ലെങ്കിൽ സ്വയം അവർ തന്നെ എഴുതി വെച്ച പാട്ടുകളും അങ്ങനെ എഴുതി എടുക്കാനും എഴുതാനും ഒക്കെ ആളുണ്ടായിരുന്നു പക്ഷെ തിരുവാചകം ആര് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് തന്റെ കൃതി ശേഖരിച്ചു വെക്കണമെന്നോ ലോകത്തിൽ പ്രചാരത്തിലാകണമെന്നോ ഒന്നും ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇങ്ങനെ പോയി അമ്പലങ്ങളായിട്ട് ചെന്നു ഭഗവാനെ കണ്ടു പാടി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നു പാടി ഈശ്വരനെ അകത്ത് പ്രവേശിച്ചു പാടിപ്പിച്ചു യോ അന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുതാം സഞ്ജീവയത്തി ഉള്ളില് കയറിയിരുന്ന ആ സർവേശ്വരൻ ഉള്ളിലിരുന്ന് പ്രചോദിപ്പിച്ചു പാടി അങ്ങനെ വളരെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന് ഉണർവുദിച്ച് ഭക്തിയുടെ ഉണർവുദിച്ച് വളരെ കാലം അങ്ങനെ പാടി നടന്ന അവസാനം ചിദംബര ക്ഷേത്രത്തിനകത്ത് വന്ന് താമസിക്കുകയാണ് അതുവരെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആരും ശേഖരിച്ചു വച്ചിട്ടില്ലേ ചിദംബരക്ഷേത്രത്തിൽ അദ്ദേഹം താമസിക്കുമ്പോൾ ഒരു ദിവസം വൈകിട്ട് ഒരു വൃദ്ധൻ അവിടെ വന്നു ഒരു വയസ്സൻ ഈ വൃദ്ധൻ പതുക്കെ നടക്കാനേ വയ്യ അദ്ദേഹത്തിന് വലിയ കൊടവയറും അദ്ദേഹത്തിന് വർണ്ണിക്കുന്നത് തന്നെ നല്ല ഒരു മനോഹരം നടക്കാൻ വയ്യാതെ വന്ന് നിങ്ങളാണോ മാണിക്യവാചകർ എന്ന് ചോദിച്ചു അതേ അടിയൻ തന്നെയാണോ മാണിക്യവാചകർ അങ്ങ് ധാരാളം ഭക്തി കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ടെന്നും അത്യത്ഭുതമായി അങ്ങയുടെ കീർത്തനങ്ങളെ കുറിച്ച് ഭക്തിയെ കുറിച്ച് അതിന്റെ ജ്ഞാനത്തിനെ കുറിച്ച് ഭക്തിയും ജ്ഞാനവും ഇണങ്ങിച്ചേർന്നതാണ് ഈ കൃതി മുഴുവൻ അത് കേട്ടിട്ടുണ്ട് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് അങ്ങയുടെ മുഖത്ത് നിന്ന് തന്നെ ഇതൊക്കെ കേൾക്കണം എന്ന് ആശിച്ച് ഞാൻ വളരെ ദൂരത്തുനിന്ന് നടന്നു വന്നിരിക്കാം അങ് വടക്ക് ദൂരത്തുനിന്ന് നടന്നു വന്നിരിക്കാം അതുകൊണ്ട് എനിക്ക് വേണ്ടി അങ്ങ് പാടണം ഇദ്ദേഹം പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടി പാടണം ഇപ്പൊ മാണിക്യവാചകർ പറഞ്ഞു അങ്ങക്ക് വേണ്ടി എനിക്ക് ഓർമ്മയുള്ളത് എന്തെങ്കിലും പാടാം പക്ഷെ എഴുതി ഞാൻ എഴുതി വെച്ചിട്ടില്ല പാടിയതൊക്കെ അപ്പൊ വിട്ടു അതൊന്നും ഞാൻ ശേഖരിച്ചു വെച്ചില്ല അതുകൊണ്ട് എന്തൊക്കെ തോന്നണമോ തോന്നണതൊക്കെ പാടാം എന്തൊക്കെ ഓർമ്മയുണ്ടോ ഓർമ്മയുള്ളതൊക്കെ പാടാം ആ വൃദ്ധൻ അവിടെ ഇരുന്ന് പാടിക്കോളൂന്ന് പറഞ്ഞു ആ ആസാമി അദ്ദേഹത്തേക്ക് പ്രവേശിച്ചു മുമ്പിൽ ഇരുന്ന ആള് ഇദ്ദേഹത്തിനെ പാടിപ്പിച്ചു ഇദ്ദേഹം പഞ്ചാക്ഷരം ജപിച്ചിരിക്കുന്ന ആള് പഞ്ചാക്ഷരത്തോടുകൂടെ തന്നെ തുടങ്ങി നമശിവായ്വാഴുകൊഴുതും എന്നെ താഴ്വാഴുക ഇങ്ങനെ പാടി തുടങ്ങിയത് എന്തൊക്കെ കീർത്തനങ്ങൾ പാടിയിട്ടുണ്ടോ അതൊക്കെ തന്നെ അത്ഭുതമായി ആ കണ്ടെത്തുന്നു ആവിർഭവിച്ചു ഭാഗവതത്തില് വ്യാസഭഗവാനോട് നാരദർ പറയുന്ന പോലെ സമാധിനാ അനുസ്മരവിതം സമാഹിതനായി ഇരുന്നുകൊണ്ട് ഹൃദയം ഉരുകി ഉരുകി ഉരുകി പാടി അദ്ദേഹം പാടിക്കഴിഞ്ഞ അവസാനം അദ്ദേഹം തന്നെ അത്യാഗാധമായ ഒരു ഭാവസ്ഥയിൽ സമാധിസ്ഥിതിയിൽ സർവം മറന്ന് ശരീര സ്മൃതി ഇല്ലാതെ ആഴുന്നിരുന്നു പോയി കണ്ണടച്ച് ധ്യാനത്തിലിരുന്നു പോയി അങ്ങനെ കൊറേ നേരം ആ നിഷ്ഠയിലിരുന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ ഈ വൃദ്ധൻ അവിടെ ഇല്ല ഈ വൃദ്ധൻ ഈ പാടുന്നതൊക്കെ എഴുതിയെടുക്കായിരുന്നു മുമ്പിലിരുന്നു കണ്ണു തുറന്നു നോക്കുമ്പോ ഈ വൃദ്ധൻ അവിടെ ഇല്ല ആ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും ഞാൻ എത്ര നേരം ധ്യാനിച്ചിരുന്നു ആരും കണ്ടു ഈ വന്ന ആളെ എഴുന്നേറ്റ് പോയി അടുത്ത ദിവസം നടരാജന്റെ നട തുറക്കുമ്പോ സഭാപതിയുടെ നടുറക്കുമ്പോൾ പഞ്ചാക്ഷര പടി അഞ്ച് പടികൾ അതിന്റെ മേൽപടിയിൽ ഒരു ഓലക്കെട്ട് അതിന്റെ മേലെ പുഷ്പവും ഇട്ടുവച്ച് ഈ പൂജക്കാരെ തുറക്കാൻ വരുമ്പോ മുകളിൽ എഴുതിയിരിക്കുന്നു മാണിക്യവാചകർ പാടി ചിദംബരനാഥൻ തമിഴിൽ തിരുച്ചിത്രംബലനാഥനെ എഴുതിയത് മാണിക്കവാചകർ പാടി സാക്ഷാത് സഭാപതി തന്നെ സർവേശ്വരൻ തന്നെ എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുന്നു തിരുച്ചിത്രംബലം അതുകൊണ്ട് ഈ തമിഴിലുള്ള ഈ ശിവഭക്തിയുടെ പാട്ടുകളൊക്കെ കഴിഞ്ഞ അവര് ചിത്രം ബലം എന്ന് പറയും ഇത് കണ്ട് അവർ നട രാജാവും എല്ലാവരും കൂടെ മാണിക്യവാചകരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ചെന്നു ഈ ഗ്രന്ഥം അദ്ദേഹം തന്നെ എടുക്കണം ഇതിനർത്ഥം പറയണം വ്യാഖ്യാനം പറയണം ഇവര് ചെന്ന് മാണിക്യവാചകരെ ക്ഷണിച്ചു നാഗസ്വരത്തോടുകൂടെ വാദ്യഘോഷത്തോടുകൂടെ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടു വന്നു നടരാജന്റെ മുമ്പിലേക്ക് നടരാജന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിരത്തി പറഞ്ഞു ഈ ഗ്രന്ഥത്തിന് അങ്ങ് വ്യാഖ്യാനം പറയണം അർത്ഥം പറയണം എഴുതി വെച്ചത് മുമ്പിൽ ഇരിക്കണോ നടരാജൻ മുമ്പിൽ ഇരിക്കുന്നു ഇപ്പൊ നമ്മൾ ഭഗവത്ഗീതയും പൂർണത്രീശന്റെയും കാൽ ചുവട്ടിൽ കൊണ്ടുവച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ നടരാജൻ അങ്ങനെ നിൽക്കുന്നു ഗ്രന്ഥം ചുവട്ടലോണ്ട് ഇതിനർത്ഥം പറയണം എന്ന് പറഞ്ഞപ്പോ മാണിക്യവാചകർ ഗ്രന്ഥത്തിനെയും നോക്കി നടരാജനെയും നോക്കി എന്നിട്ട് പറഞ്ഞു ഇതർക്ക് ഉറയി ഉറൈന്ന് വെച്ചാൽ കമൻട്രി വ്യാഖ്യാനം ഇതർക്ക് ഉറയി ഇവനെ ഇതിന് കമന്ട്രി ഇതിനർത്ഥം ഈ നടരാജൻ തന്നെ എന്ന് പറഞ്ഞ് അവിടെ തന്നെ വീണു അതാണ് മാണിക്യവാചകസ്വാമികളുടെ അവസാനം സഭാപതിയുടെ സന്നിധിയിൽ തന്നെ അദ്ദേഹം വീണു ഈ കഥ പറയാൻ കാരണം ഭഗവത്ഗീതയുടെ അർത്ഥം എന്താണ് എന്ന് വെച്ചാൽ വാച്യാർത്ഥം നമുക്ക് ഇവിടെ പറയാം ഓരോ ശ്ലോകത്തിന്റെയും വെർബൽ മീനിങ് ഇറ്റ് കാൻ ബി ഗിവൻ പക്ഷെ ലക്ഷ്യാർത്ഥം ലക്ഷ്യാർത്ഥം എന്ന് വെച്ചാൽ അനുഭൂതി വേദാന്തികൾ വാച്യാർത്ഥം ലക്ഷ്യാർത്ഥം എന്ന് പറയും വാച്യാർത്ഥം മഹാവാക്യങ്ങളുടെ ഒക്കെ വാക്കിന്റെ അർത്ഥം പിരിച്ചു കഴിഞ്ഞാൽ ഭാഷയറിയുമെങ്കിൽ കണ്ടുപിടിക്കാം ഭാഷാജ്ഞാനം കൊണ്ട് ഏതു പുസ്തകവും ഭാഷയെ മനസ്സിലാക്കാം ലക്ഷ്യാർത്ഥം വാക്കുകളിൽ ഒന്നും ഞാൻ പഞ്ചസാര എന്ന് വെച്ചാൽ വാച്യാർത്ഥം എന്താ മധുരിക്കുന്ന ഒരു പദാർത്ഥം ലക്ഷ്യാർത്ഥമോ ഞാൻ ഒരു മണിക്കൂർ പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലെ കുറച്ചു വായിലിട്ടാൽ അപ്പൊ രുചിക്കും ആ അനുഭൂതി അനുഭൂതി തന്നെയാണ് ഭക്തി അനുഭൂതി തന്നെയാണ് ജ്ഞാനം അനുഭൂതി ആത്മാനുഭവം ആത്മ സ്വസ്വരൂപ അനുസന്ധാനം അനുസന്ധാനം ഭക്തി അനുഭൂതി തന്നെയാണ് ജ്ഞാനം അത് തന്നെയാണ് സാക്ഷാത്കാരം ഈ അനുഭൂതി ഭഗവത് അനുഭൂതി ഗീതയുടെ ഒക്കെ ലക്ഷ്യമതാണ് ഭഗവത്ഗീത എന്നുള്ള പുസ്തകം രണ്ടുവിധത്തിൽ പഠിക്കാം ഒന്ന് ആദ്യം പറഞ്ഞ പോലെ വാച്യാർത്ഥം നല്ലവണ്ണം തെളിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വ്യാകരണവും ഒക്കെ വെച്ചുകൊണ്ട് ഗീതയിലെ ഓരോ ശ്ലോകവും എടുത്ത് ഈ കോളേജ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ഡിപ്പാർട്ട്മെന്റുണ്ട് അവിടെ ഗീതയെ റിസർച്ച് ചെയ്തവരുണ്ടാവും ഗവേഷണം ചെയ്തവർ ഓരോ ശ്ലോകമായി പിരിച്ച് ഇതിൽ എഴുനൂറ് ശ്ലോകവും കൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയിൽ ചൊല്ലിയോ ഇല്ലയോ ഗീത ആദ്യം ചൊല്ലിയപ്പോ പതിനെട്ട് അധ്യായം ഉണ്ടായിരുന്നോ ഇല്ലയോ കൃഷ്ണൻ തന്നെയാണോ ഇത് ചൊല്ലിയത് അല്ല വ്യാസൻ പിന്നീട് എഴുതിയതാണോ ബഹിരംഗ പരീക്ഷണം ഇതിന് ആചാര്യസ്വാമികൾ കാക്കദന്ത പരീക്ഷാരൂപം എന്ന് പറയും ഉപനിഷത്തിന് വ്യാകരണം നോക്കി പഠിക്കണത് വെറും ശ്ലോകം പുറമേക്ക് അർത്ഥം നോക്കി പഠിക്കണത്തിന് ആചാര്യസ്വാമികൾ കകതന്ത പരീക്ഷാരൂപം എന്നാണ് പറയുന്നത് അതായത് ഒരാൾക്കൊരു ദിവസം വെറുതെ ഇരിക്കുമ്പോൾ തോന്നി ഒരു ഗവേഷണം നടത്തണം എന്താ ഗവേഷണം എന്ന് വെച്ചാൽ നാട്ടിലുള്ള കാക്കയൊക്കെ പിടിച്ച് കാക്കയ്ക്ക് എത്ര പല്ലുണ്ട് എന്ന് എണ്ണ അപ്പൊ അതുപോലെ ബഹിരംഗപരീക്ഷണം ഈ യുദ്ധഭൂമിയിൽ വെച്ച് ചൊല്ലിയോ എത്ര ശ്ലോകം ഉണ്ടായിരുന്നു എന്തൊക്കെ പ്രക്ഷിപ്തം എന്തൊക്കെ അതിൽ തന്നെ ഉള്ളത് ഗീതയുടെ സിദ്ധാന്തം ഇതൊക്കെ ബഹിരംഗപരീക്ഷണം ആന്തരപരീക്ഷണം എന്താ ഗീത എനിക്ക് അനുഭവത്തിൽ വരണം ഗീതയുടെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യത്തിൽ കേന്ദ്രം ലക്ഷ്യത്തിൽ ശ്രദ്ധ ലക്ഷ്യം എന്താ ആത്മസാക്ഷാത്കാരം ഓരോരുത്തർക്കും അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവരുടെയും ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് തന്നെ അറിയുക തന്നെ താൻ അറിയാം യഥാർത്ഥ സ്വരൂപം അറിയുക ദുഃഖം അസ്തമിക്കാൻ അതല്ലാതെ മറ്റൊരു വഴിയില്ല സകല ദുഃഖങ്ങളും അസ്തമിച്ച് പരിപൂർണത നേടണം നട ശ്രുതിയുടെ ഒക്കെ തന്നെ ലക്ഷ്യമതാണ് ഉപനിഷത്തുകളുടെ ഒക്കെ ലക്ഷ്യമതാണ് എന്തറിഞ്ഞാണോ നമുക്ക് പൂർണത്വം ഉണ്ടാവുക ഏതൊന്നറിഞ്ഞാൽ പിന്നീടൊന്നും അറിയാൻ ബാക്കിയില്ലയോ ഏതൊന്നിനെ കണ്ടെത്തിയാൽ പിന്നീടൊന്നും ചെയ്യാനില്ലയോ ഏതൊരു സത്യത്തിനെ ഉണർന്നു കഴിഞ്ഞാൽ ജീവിതം ധന്യമാകുമോ അതിനെ ഉണർത്തുക എന്നുള്ളതാണ് വേദത്തിന്റെ ലക്ഷ്യം ശ്രുതിയുടെ ലക്ഷ്യം അതോടെ പൂർണത്വം ധന്യത അല്ലെ നമുക്ക് ലോകത്തിൽ കാണാം ധാരാളം പണം സമ്പാദിച്ചിട്ടുണ്ടാവും പ്രസിദ്ധി ഉണ്ടാവും സ്ഥാനമാനങ്ങളുണ്ടാവും ഇതൊക്കെ ഉണ്ടെങ്കിലും എന്താ ജീവിതം ഇപ്പൊ എങ്ങനെ കൊണ്ട് സുഖമാണോ എന്ന് ചോദിച്ചാൽ പറയാം അയ്യ ആളും എന്താ അധന്യത പൂർണ്ണമായതിനെ കണ്ടെത്തി എന്നുള്ള ഒരു ഉറപ്പ് വന്നില്ല ശരീരത്തിന് കുറച്ച് സുഖം കിട്ടി മനസ്സിന് അല്പസ്വല്പം സുഖവും ദുഃഖവും കൂടെ കലർന്ന് അനുഭവിച്ചു ഇതൊക്കെ പറാനുള്ളൂ പൂർണ്ണമായ ഒരു തൃപ്തി പൂർണമായ ഒരു ശാന്തി നേടിയതായിട്ട് അവകാശപ്പെടാൻ കഴിയുന്നില്ല അപ്പൊ ഈ സത്യത്തിനെയാണ് ഋഷീശ്വരന്മാര് ഉപനിഷത്തുകളിലൊക്കെ അന്വേഷിച്ചത് അതിനെ എവിടെ കണ്ടെത്തും എങ്ങനെ കണ്ടെത്തും എവിടെ ചെന്ന് അന്വേഷിക്കും എന്തൊക്കെ തന്നെ സുഖിക്കാനുള്ള സാമഗ്രികളൊക്കെ ഉണ്ടെങ്കിലും അവസാനം ഇതിന് അല്പമേ സുഖിക്കാൻ ഒക്കുകയുള്ളൂ ഇനിയിപ്പൊ സുഖിക്കണം എന്ന് വിചാരിച്ചാ പോലും മരിച്ചു പോകും മരണം മുമ്പിലുണ്ട് സത്യം അറിയാത്തവന്റെ സ്ഥിതി അങ്ങനെയാണ് അമേരിക്കയിലെ വിവേകാനന്ദ സ്വാമികൾ പ്രഭാഷണം ചെയ്യുമ്പോ പാശ്ചാത്യ നാടുകളെ മുഴുവൻ യുക്തി ചിന്ത കൊണ്ട് പിടിച്ചു കുലിക്കിയ ഒരാളാണ് ഇംഗർസോൾ ഇംഗർസോൾ വിവേകാനന്ദ സ്വാമികളോട് ഒരു ഡിസ്കഷനിൽ വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞു അദ്ദേഹത്തിന് വിവേകാനന്ദനെ വലിയ ഇഷ്ടമായിരുന്നു നാസ്തികനാണെങ്കിൽ പോലും യുക്തിവാദിയാണെങ്കിൽ പോലും സ്വാമികളോട് എന്തോ ഒരു ബന്ധം അപ്പൊ ഒരു ദിവസം വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞു നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാ എല്ലാം ഉപേക്ഷിച്ച് ഈശ്വരൻ ഈശ്വരൻ എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ രസം മുഴുവൻ കളഞ്ഞു എന്നെ പോലെ ഉള്ളവർക്ക് ഞങ്ങൾ ഒരു ചെറുനാരങ്ങ കിട്ടിയാൽ ഒരു ഓറഞ്ച് കിട്ടിയാൽ അത് മുഴുവൻ പിഴിഞ്ഞിട്ട് അതിന്റെ രസം മുഴുവൻ അനുഭവിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ സിദ്ധാന്തം കിട്ടിയിരിക്കുന്ന ജീവിതം മുഴുവൻ രസിക്കണം അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അറിയാമറിയാം നിങ്ങളുടെ രസവും ഒക്കെ എനിക്കറിയാം നിങ്ങൾ രസിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു വീട്ടിന്റെ പിൻവാതിൽ കൂടെ അടുക്കളയിൽ നുഴഞ്ഞു കയറിയ പട്ടി ചോറ്റുപാത്രത്തിൽ തലയിടും പക്ഷെ അതിനെ രസിച്ച് തിന്നാൻ പറ്റില്ല പേടിച്ച് പേടിച്ച് പേടിച്ച് പേടിച്ച് വായിലേക്ക് അങ്ങനെ ആക്കുകയാണ് എന്താന്ന് വെച്ചാൽ എപ്പ ആരെങ്കിലും വരുവോ അടിക്കുവോന്നുള്ള പേടിയാണ് ഇതുപോലെയാണ് മരണഭയത്തോടുകൂടിയ മനുഷ്യന്റെ ജീവിതം എല്ലാം ഉണ്ടെങ്കിലും ഭയം ഭയം വിട്ടുമാറാത്ത ഭയം ജീവിതം മുഴുവൻ ഭയമാണ് ധാരാളം പണമുണ്ട് ഭോഗിയായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ രോഗം വരുവോ എന്നുള്ള പേടി ഭർതൃഹരി പറഞ്ഞു എല്ലാം പേടിയാണെന്നാണ് ഭോഗേ രോഗഭയം കൂലേ ചുതിഭയം വിഭയം മാ ദൈന്യഭയം ബലേ റിഭയ രുപേ ജരാഭയ ശാസ്ത്രേവാദിഭയം ഗുണേ ഖലഭയം കായേ കൃത ഭയം सर्वं ഭയാന്വിതം ഭുവി നൃ വൈരാഗ്യമേവാ ഭയം ഭോഗേ രോഗഭയം നല്ലവണ്ണം എന്തും എനിക്ക് ധാരാളം പണമുണ്ട് എന്തു വേണമെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചാൽ മതി വീട്ടിലേക്ക് വരും എന്തും സുഖിക്കാം എന്തും അനുഭവിക്കാം എന്ന് വിചാരിക്കുന്നു പക്ഷേ അനുഭവിക്കുമ്പോഴോ രോഗം വരുവോന്ന് പേടി ഭോഗം ചെയ്യുമ്പോ രോഗഭയം നല്ല കുലത്തില് ജനിച്ചാലോ പേരുദൂഷ്യം വരുമോ മക്കളെ ചീത്ത ഒഴുക്കി പോകുവോ പറഞ്ഞേ കേൾക്കാതെ ആവുമോ എന്നുള്ള പേടി കുലേ ചുതി ഭയം പണമുണ്ടെങ്കിൽ ഇൻകം ടാക്സിനെ ഭയം വിത്തേ നൃപാലാ ഭയം എന്നാണ് രാജാവിനെ പേടി അന്നുണ്ട് ഇൻകം ടാക്സ് മാനേ ദൈന്യ ഭയം നല്ല അഭിമാനിയാണെങ്കിൽ തന്റെ സർവവും നഷ്ടപ്പെട്ട് സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവോ എന്നുള്ള പേടി മാനേ ദൈന്യ ഭയം ം എത്ര ബലശാലിയാണെങ്കിലും ശത്രുവിനെ പേടി ഉം ആനയ്ക്ക് ഉറുമ്പിനെ പേടിയാണോ തുമ്പിക്കൈ വായലിട്ടിരിക്കും അതുപോലെ നമ്മളുടെ ലോകം മുഴുവൻ ഭരിക്കാൻ കൊതിച്ചു നിൽക്കുന്ന അമേരിക്കക്ക് ഒന്ന് രണ്ട് മുസ്ലിംസിനെ പേടിയാണോ ഭയന്നുകൊണ്ടിരിക്കുക ഭയങ്കര പേടിയാണോ ബലേരിപുഭയം രൂപേ ജരായാഭയം എത്ര സൗന്ദര്യം ഉള്ള ആളാണെങ്കിലും ഒരു നാപ്പത് വയസ്സ് കഴിയുമ്പോ ഒരു പേടി കണ്ണാടിയിൽ ഇടക്കിടയ്ക്ക് നോക്കും ഓരോ രോമമായിട്ട് വെളുത്തു പോകും പല്ല അൽപ അൽപം ഇളകളും അവിടെ എവിടെയായിട്ട് വാർദ്ധക്യത്തിന്റെ ചിഹ്നം തല കൊഴിയുന്നു അപ്പോ രൂപേ ജരായാഭയം സൗന്ദര്യം ഉണ്ടെങ്കിൽ വാർദ്ധക്യത്തിനെ പേടി നല്ലവണ്ണം ശാസ്ത്രം പഠിച്ച ആളാണെങ്കിലോ വാദി ഭയം എന്നാണ് തന്നെക്കാളും ശാസ്ത്രം പഠിച്ച ഒരാള് മുമ്പിൽ വന്ന് മതി ഉള്ളതൊക്കെ തത്വപുത്തുന്നായി പോവും ഒന്നും പറയാൻ പറ്റില്ല ശാസ്ത്രേ വാദി ഭയം ഗുണേഖലം നല്ല നമ്മൾ നല്ല പേര് വാങ്ങിച്ചാൽ നാട്ടുകാരുടെ മുമ്പിൽ ഇയാള് നല്ല ആളാണ് നല്ല ആളാണെന്ന് പുകഴ്ത്തിയാൽ നമ്മളെ ആരെങ്കിലും ഒക്കെ നാളെ ചീത്തറിയോന്ന് പേടി ആ ഈ പ്രഭാഷണം ചെയ്യുന്ന ആളുണ്ടല്ലോ അയാൾ ഇന്നലെ ആ സിനിമാ തിയേറ്ററിന്റെ മുമ്പിൽ നടക്കണ കണ്ടു എന്ന് പറഞ്ഞാലോ റോട്ടിലിറങ്ങി നടക്കാൻ പേടി ഗുണേ കായേ ഗുണേഖല ഭയം എല്ലാറ്റിനും മേലെ വിട്ടുമാറാത്ത ഒരു ഭയം ഉണ്ട് ഒരു പേടിയുമുണ്ട് എന്താ കൃതാന്താത്ത് ഭയം എന്നാണ് ശരീരം ഉള്ളത്തോളം നമ്മളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് മരണം മൃത്യു ശ്രീരാമൻ ഭരതനോട് പറയുന്നു നീ ജനിക്കുമ്പോ മൃത്യു നിന്റെ കൂടെ ജനിച്ചു നീ നടക്കുമ്പോ മൃത്യു നിന്റെ കൂടെ നടക്കണു നീ ഇരിക്കുമ്പോ മൃത്യു നിന്റെ കൂടെ ഇരിക്കും നീ തിരിച്ചു നടന്നാൽ മൃത്യു തന്റെ കൂടെ തിരിച്ചു നടക്കും സഹൈവ മൃത്യുർവ്രജതി സഹ മൃത്യു നിഷീധത്തെ ഗുദീർഘമധ്വാനം സഹ മൃത്യു നിവർത്ത മൃത്യു വിട്ടുപിരിയാതെ തുടരുന്നു നഴലുപോലെ പിന്തുടരുന്നു അപ്പൊ മൃത്യുവിനെ മരണത്തിനെ പേടി സർവത്ര ഭയം ഈ ഭയം എപ്പ നീങ്ങിക്കിട്ടും അതിന് അദ്ദേഹം തന്നെ ഉത്തരം പറഞ്ഞു വൈരാഗ്യമേവ അഭയം നശ്വരമായിട്ടുള്ള വസ്തുക്കൾ നമ്മളെ എന്നെങ്കിലും ഒക്കെ ചതിച്ചിട്ട് വിട്ടുപോകുന്ന വസ്തുക്കളോട് ആസക്തി ഇല്ലെങ്കിൽ അതിനൊന്നും ഉപേക്ഷിക്കണം എന്നല്ല വൈരാഗ്യം എന്ന് വെച്ചാൽ എന്താ രാഗം ഇല്ലെങ്കിൽ അത് നമ്മളെ വിട്ടുപോകരുത് എന്നുള്ള നിർബന്ധം അഭയം ഒന്നിനോടും ഭയമില്ല ശരീരമടക്കമുള്ള സകല വസ്തുക്കളും എന്നെങ്കിലും ഒരു ദിവസം നമ്മളെ ഉപേക്ഷിക്കും വിട്ടുപോകും എന്നറിയാമെങ്കിൽ രാഗം ഇല്ല ഭയം നീങ്ങുന്നു രാഗം എങ്ങനെ പോകും അത്ര പെട്ടെന്ന് പോകുവോ വെറുപ്പ് കൊണ്ടുവരുന്ന വൈരാഗ്യം അധിക കാലം നിക്കല ജീവിതത്തിൽ കുറെ ദുഃഖിച്ചു പരാജയപ്പെട്ടു അപ്പൊ വൈരാഗ്യം വന്നാൽ അല്പം വിജയം കിട്ടിയാൽ വൈരാഗ്യം പോകും ദുഃഖം കൊണ്ടു വൈരാഗ്യം വന്നാൽ അല്പം സുഖം കിട്ടിയാൽ വൈരാഗ്യം പോകും മായ എന്ത് എന്ന് വെച്ചാൽ നമ്മുടെ ചകിടത്ത് നമ്മൾ കുറെ കറിയും കരഞ്ഞിട്ട് വൈരാഗ്യം വരുന്ന ഒരു സ്ഥിതിയാവുമ്പോ വായിലൊരു ചോക്ലേറ്റ് ഇടും അപ്പൊ ഇനിയും കിട്ടും എന്നുള്ള കൊതി നിൽക്കും അത്ര പെട്ടെന്ന് വൈരാഗ്യം വരില്ല വൈരാഗ്യം എപ്പോ വരും എന്ന് വെച്ചാൽ പരമാനന്ദ സ്വരൂപമായ ഒരു വസ്തുവിനോട് രാഗം ഏർപ്പെടുമ്പോ മറ്റു വസ്തുക്കളോട് വൈരാഗ്യം ഏർപ്പെടും ഇതര രാഗവിസ്മാരണം നൃണം ഭാഗവതത്തിൽ ഗോപസ്ത്രീകൾ പറയുന്നു ഭഗവാന്റെ അടുത്ത് രാഗം ഏർപ്പെടുമ്പോ മറ്റു വസ്തുക്കളോടൊക്കെ വിരാഗം ഇതരരാഗവിസ്മാരണം മറ്റു വസ്തുക്കളൊക്കെ പുളിച്ചുപോയി ക്ഷുദ്രമായിട്ടത് ആ പരമാനന്ദ സ്വരൂപമായ വസ്തു ഒരിക്കലും നഷ്ടപ്പെടാത്ത വസ്തു നമ്മളെ ഒരു കാലത്തും കൈവിടാത്ത വസ്തു ആ വസ്തുവിനെ എവിടെ അന്വേഷിക്കും എവിടെ കണ്ടെത്തും ഏതൊന്നിനെ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാൻ ബാക്കിയില്ലയോ ആ വസ്തുവിനെ എവിടെ അന്വേഷിക്കും എവിടെ കണ്ടെത്തും ഇതിങ്ങനെ അന്വേഷിച്ചു അതിനുള്ള ഉത്തരമാണ് ഉപനിഷത്ത് മുഴുവൻ വേദാന്തശാസ്ത്രം വേദ അന്തം വേദാന്തം എന്ന് വെച്ചാൽ അറിവിന്റെ അറിവിന്റെ പൂർണത്വം എന്തിനെങ്കിലും അറിയുന്ന അറിവാണ് നമുക്ക് ലോകത്തിലുള്ളത് ആദ്യത്തെ ദിവസം നിങ്ങൾ ഒന്നും ട്രാക്കിൽ വീഴണം എന്നാൽ നമുക്ക് പിന്നെ നാളെ മുതൽ ഓരോ ദിവസവും ധ്യാനമായിരിക്കും അറിവ് എന്ന് വെക്കുമ്പോ തന്നെ നമ്മളൊക്കെ സ്കൂളിൽ കോപ്പി എഴുതി പഠിച്ചിട്ടുണ്ട് വിദ്യാധനം സർവധനാ പ്രധാനം അപ്പൊ അറിവെന്താ എന്തും അറിവാണ് ഇൻഫർമേഷൻ എന്നുള്ളത് അറിവാണ് പക്ഷേ വേദാന്തം എന്ന് പറയുന്നത് കൊണ്ട് എന്തിനെയെങ്കിലും അറിയുന്ന അറിവല്ല എന്തിനെയെങ്കിലും അറിയുന്ന അറിവല്ല എല്ലാത്തിനും ആശ്രയഭൂതമായ ജ്ഞപ്തി അവബോധം ഏതൊന്നുള്ളതുകൊണ്ട് കണ്ണിലൂടെ കാണുന്നുവോ ഏതൊന്നുള്ളതുകൊണ്ട് ചെവിയിലൂടെ കേൾക്കണവോ ഏതൊന്നുള്ളതുകൊണ്ട് മൂക്കിലൂടെ മണക്കുന്നുവോ ഏതൊന്നുള്ളതുകൊണ്ട് നാക്കിലൂടെ രുഷിക്കുന്നുവോ ഏതൊന്നുള്ളതുകൊണ്ട് ത്വക്കിലൂടെ സ്പർശിക്കുന്നുവോ ഏതൊന്ന് ഇതിനകത്ത് ജീവൻ എന്ന പേരോടുകൂടെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നുവോ അത് തെളിഞ്ഞു പ്രകാശിക്കലെയാണ് വേദാന്തം ഇവിടെ അറിവ് എന്ന് പറയാം അവബോധം അതാണ് ഭാഗവതത്തിൽ മുച്ചുകുന്ദൻ ഭഗവാനോട് ചോദിക്കുന്നു ഭഗവാനെ എനിക്ക് അറിഞ്ഞറിഞ്ഞ് അറിഞ്ഞും മടുത്തു ഇനിയൊന്നും അറിയണ്ട ഇനി ലോകത്തിലുള്ള ഒരു വസ്തുക്കളും അറിയണ്ട ആഗ്രഹവുമില്ല തസ്മാ വിസൃജ്യ ആശിഷ ഈശ സർവതാം എല്ലാം എല്ലാ ആശകളും ഉപേക്ഷിച്ചിരിക്കുന്നു ഇനി അങ്ങയുടെ വേറെ ഒന്നും ഞാൻ വരമായിട്ടും ചോദിക്കുന്നില്ല രജസ്തമസ്സത്വഗുണാനുബന്ധനാഹ നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാം വ്യക്തിമാത്രം പുരുഷം വ്രജാമ്യഹം എനിക്ക് ആ പരമപുരുഷനെ വേണം ആ പരമപുരുഷന്റെ ലക്ഷണം എന്താ നിരഞ്ജനം നിരഞ്ജനം എന്നുവച്ചാൽ കളങ്കലേശം ഏൽക്കാത്തത് നിർഗുണം നിർഗുണം എന്ന് വെച്ചാൽ ഏ ഒരു ഗുണവും ഇല്ലാത്തത് എന്ന് തോന്നുന്നു നമുക്ക് ഇതാണ് ഈ ഭാഷയുടെ ഒരു കുഴപ്പം ഭാഷയുടെ ഒരു കുഴപ്പം ഭാഷയുടെ ലിമിറ്റേഷൻസ് നമുക്ക് ഈ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ ബുദ്ധിയിൽ വരുന്നത് എന്താ അയാൾ നല്ല ഗുണമുള്ള ആളാണോ ഇത് ഗുണമില്ല എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞു പഠിച്ചിട്ട് നിർഗുണം എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ബുദ്ധിക്ക് കയറണത് അതുകൊണ്ടാണ് ഈ ആളുകൾ കഴിഞ്ഞാൽ നിർഗുണം എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടമല്ല നിർഗുണം എന്ന് വെച്ചാൽ നല്ലതല്ലാത്തത് ഗുണമല്ലാത്തത് എന്നല്ല അർത്ഥം നിർഗുണം എന്ന് വെച്ചാൽ സത്വം രജസ് തമസ് എന്നുള്ള മൂന്ന് അവസ്ഥകൾ മൂന്ന് മൂഡ്സ് നമ്മളുടെ മനസ്സിന് തന്നെ ഉണ്ട് മനസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ മൂന്നുമാണ് ഈ മൂന്നിനെയും കടന്നു നിൽക്കുന്ന ഒരിക്കലും നഷ്ടപ്പെടാത്ത ശാന്തി നിശ്ചലത ആനന്ദം അതിനെയാണ് ഇവിടെ നിർഗുണം എന്ന് പറയുന്നത് ഗുണസ്പർശം ഉണ്ടെങ്കിൽ നമുക്ക് ഏർപ്പെടുന്ന അനുഭൂതി ഒക്കെ വരികയും പോവുകയും ചെയ്യും ഗുണസ്പർശം ഇല്ലെങ്കിൽ ഏർപ്പെടുന്ന അനുഭൂതി നിത്യനിരന്തരമായിട്ടിരിക്കും അതാണ് നിരഞ്ജനം നിർഗുണം അദ്വയം രണ്ടില്ലാത്തത് അങ്ങനെയുള്ള അങ്ങയെ ജപ്തിമാത്രം ജപ്തി എന്ന് വെച്ചാൽ അവബോധം എന്തിനെങ്കിലും അറിയുന്ന അറിവല്ല കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ ആനന്ദമെന്തു ഹരിനാരായണായ നമ എല്ലാറ്റിനും സാക്ഷി പുറമേക്ക് നിങ്ങളെ ഞാൻ കാണുന്നു നിങ്ങളെ ദൃശ്യമാണ് ഞാൻ കാണുന്നവൻ ദൃക്കാണ് കണ്ണുകൊണ്ട് കാണുന്നു കണ്ണുകൊണ്ട് കാണുന്നു പക്ഷേ കണ്ണു മാത്രം ഉണ്ടായാൽ കാണുവോ മരിച്ച ഒരു ശരീരത്തിനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയാൽ കാണുവോ അപ്പൊ കണ്ണിന് പുറകിൽ മനസ്സ് ആണ് കണ്ണിലൂടെ വന്ന് കാണുന്നത് മനസ്സ് മാത്രം കാണുമോ മനസ്സിനെ ആര് കാണുന്നു രാത്രി ഉറങ്ങുമ്പോ സ്വപ്നം കാണുന്നു സ്വപ്നത്തില് വലിയ പൂരം സ്വപ്നം കാണുന്നു ധാരാളം ആനകൾ നിൽക്കുന്നതായിട്ടും പൂരപ്പറമ്പിൽ ഞാൻ നടക്കണതായിട്ടും സ്വപ്നം കാണുന്നു ഈ പൂരം എവിടുന്ന് വന്നു സ്വപ്നത്തിൽ ഈ ഉത്സവം എവിടുന്നു വന്നു പൂരപ്പറമ്പിലുള്ള ആനകളൊക്കെ എവിടെ നിന്ന് വന്നു ആനകളൊക്കെ ഞാൻ തന്നെ പൂരപ്പറമ്പിൽ നിൽക്കുന്നവരൊക്കെ ഞാൻ തന്നെ പൂരപ്പറമ്പിൽ നിൽക്കുന്ന ആനകളായിട്ടും വാദ്യഘോഷങ്ങൾ മുഴക്കുന്നവരായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളായിട്ടും ആ പൂരപ്പറമ്പിൽ ദൃശ്യം കാണുന്നവനായിട്ടും ഒക്കെ ഞാൻ തന്നെ മാറി എന്നിട്ട് ഞാൻ ഒരു വശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ മനസ്സ് തന്നെ വിജൃംഭണം ചെയ്ത് ഒരുപാട് ആളുകളെ സൃഷ്ടിച്ചു മനസ്സിന്റെ മറുവശത്ത് സാക്ഷി ഇതിനെ കണ്ടുകൊണ്ടിരിക്കും അപ്പൊ മനസ്സും കാണപ്പെടുന്ന വസ്തുവാണ് മനസ്സ് കാണപ്പെടുന്ന വസ്തുവാണ് മനസ്സിനെ കാണുന്നവൻ മനമാകുന്ന കണ്ണ് അതിന് കണ്ണായിരുന്ന പൊരുൾ ഇവിടെ മനസ്സെന്നുള്ളത് തന്നെ ബുദ്ധിയൊക്കെ അടങ്ങി അതിനും കണ്ണായിരിക്കുന്നത് ആ മനസ്സിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന സർവസാക്ഷി ചേതന അത് താൻ എന്നുറയ്ക്കുമളവ് ഞാൻ എന്ന് പറയുന്ന മലയാളത്തിൽ നമുക്ക് ഞാൻ എന്നും താൻ എന്നും പറയാം ഒരു സൗകര്യമുണ്ട് തമിഴിലും അതെ ഞാൻ എന്നും താൻ എന്നും പറയാം ഞാൻ എന്നുള്ളത് അഹങ്കാരത്തിനെ എന്ന് വെച്ചോളാം താൻ എന്നുള്ളത് നമ്മളുടെ സ്വരൂപത്തിന് അതാണ് താൻ എന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ ഞാൻ എന്നുള്ളത് എല്ലാവരുടെ ഉള്ളിലും ആ വ്യക്തിബോധം പ്രത്യേകം പ്രത്യേകം പ്രത്യേകം ഉള്ള പോലെ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നു ഓരോരുത്തരുടെ ഉള്ളിലും പ്രത്യേകം പ്രത്യേകം ഞാൻ ഉണ്ട് എന്ന അനുഭവമുണ്ട് ആ ഞാൻ എന്താണ് എന്ന് അറിഞ്ഞാൽ ഈശ്വരനെ കണ്ടെത്തി പരമാത്മാവിനെ കണ്ടെത്തി പരമാത്മാവിനെ അവിടെയെ കാണാൻ ഒക്കുകയുള്ളൂ ഭാഗവതം ആരംഭിക്കുമ്പോൾ ഒരു ഉപനിഷത് മന്ത്രത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് സൂതൻ പറഞ്ഞു ഭിത്യേ ഹൃദയഗ്രന്ഥി ഛിന്ദേ സർവസംശയാീയന് അർമാണി ദൃഷ്ടേവത്മനി ഈശ്വരെ തസ്മദ്രേ പരാവരെ എന്ന് ശ്രുതി ആത്മാവിൽ ഈശ്വരനെ കണ്ടാൽ ഹൃദയത്തിലെ അഹങ്കാരത്തിന്റെ കെട്ടുപൊട്ടും സംശയങ്ങളൊക്കെ അസ്തമിക്കും കർമ്മങ്ങളൊക്കെ കൊഴിഞ്ഞുവീഴും പരിപൂർണത്വം പരമാനന്ദം നിർവൃത്തി ശാന്തി ആ ജീവനോ ഉണ്ടാവുന്നു അപ്പൊ ഈ സത്യത്തിനെ അറിയുക എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ ഉപനിഷത്തിന്റെ ഒക്കെ ലക്ഷ്യം ആ സത്യം എന്താണ് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം ഞാൻ എന്താണ് പ്രഭാഷണത്തിന് മുഴുവൻ സാറേതാണ് ഞാൻ എന്താണ് ഈ ശരീരമാണോ ഞാൻ ഈ ശരീരം ഞാനാണോ ദേഹം ദേഹം എന്ന് പറഞ്ഞാൽ തന്നെ ദഹിച്ചുപോണത് എന്നാണ് അർത്ഥം ദഹ്യത്തെ ഇതി ദേഹ ശരീരം എന്ന് വെച്ചാൽ ശീര്യത്തെ ഇത് ശരീരം ക്ഷയിച്ചു പോകുന്നത് അഴുകി പോകുന്നത് ഈ ശരീരമാണോ ശരീരമാണ് ഞാൻ എങ്കിൽ നമുക്കൊരിക്കലും നിത്യമായ സുഖം സാധ്യമേ അല്ല ശരീരത്തിന്റെ തലത്തിൽ എത്ര പരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു അല്ലേ സൗന്ദര്യമായിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റുമോ നമ്മളുടെ ഇഷ്ടത്തിനാണോ ഈ ശരീരം ജനിക്കണത് നമ്മളോട് മുമ്പ് ചോദിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും ലോകത്തിലെ ഏറ്റവും സുന്ദരനായിട്ടും സുന്ദരിയായിട്ടും ജനിക്കണം എന്ന് ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടാവും ജനിച്ചു കഴിഞ്ഞ് കറുത്ത ആൾക്ക് വെളുപ്പിക്കണം എന്ന ആഗ്രഹം വെളുത്ത ആൾക്ക് തലമുടി വളരണം എന്നാഗ്രഹം എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് അതിന്റെ പാട്ടിൽ പോകണമല്ലേ പ്രകൃതിയുടെ ആണോ ശരീരം ശരീരം നമ്മളുടെയാണ് എന്ന് ധരിക്കുന്നു ശരീരം എന്റെയാണോ ഗർഭപാത്രത്തിൽ ജനിച്ച് ഗർഭപാത്രത്തുനിന്ന് പുറത്തു വന്നു വളർന്നു പരിണമിച്ചു ക്ഷയിച്ചു നശിച്ചു ഇതിലൊന്നും എന്റെ ഇച്ഛയ്ക്ക് യാതൊരു പ്രാമുഖ്യവും ഇല്ല എന്റെ ഇച്ഛയ്ക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല നമ്മളുടെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് എത്ര തന്നെ സയൻസ് പുരോഗമിച്ച് മരുന്നുകൾ കണ്ടുപിടിച്ചാലും മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാം വ്യാധി അതിന്റെ പാട്ടിൽ നിൽക്കണോ ധാരാളം പണമുണ്ട് എന്നാൽ ഒരു ലക്ഷം രൂപ കൊടുത്തു ഒരു മരുന്ന് വാങ്ങിച്ച് കഴിച്ചു കഴിച്ചാൽ ഇനി ഡയബറ്റീസേ ഇല്ല എത്ര വേണമെങ്കിൽ പായസം കുടിക്കാം അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിച്ചു മരുന്നൊക്കെ കണ്ടുപിടിക്കാം പക്ഷെ ഡയബറ്റീസും അതിന്റെ പാട്ടിൽ ഷുഗർ കംപ്ലയിന്റും ഒരു ഒരു വ്യാധി പോലും നമുക്ക് മാറ്റാൻ പറ്റണില്ല ഒന്ന് നിശേഷം നീക്കി കിട്ടാൻ പറ്റണില്ല അത്ര പോലും നമുക്ക് സൗകര്യമില്ല ഈ ശരീരത്തിന് വെച്ചുകൊണ്ട് അത് നമ്മളെ പഠിപ്പിക്കുകയാണെ ശരീരത്തിന് നിന്ദിക്കലല്ല ശരീരം നമ്മളോട് പറയാണ് ഇത് തന്റെ സ്വന്തമല്ല ഇത് പഠിപ്പിക്കാനാണ് ഭഗവാൻ വ്യാധി തരുന്നത് ഈ മമതയെ നീക്കാനായിട്ടാണ് ഈശ്വരൻ എന്തിനാണ് ഈ ഭാഗവതത്തിൽ കൃഷ്ണൻ വെണ്ണകെക്കാൻ വന്നപ്പോ തൊട്ടിലൊരു കുട്ടിയെ ഇട്ട് വയ്ക്കണം ഇപ്പൊ കുട്ടി വെണ്ണയില്ല വീട്ടിൽ വെണ്ണയില്ല വീട് മുഴുവൻ ആ ഗോപികയുടെ വീട് മുഴുവൻ അന്വേഷിച്ചപ്പോ വെണ്ണ കിട്ടിയില്ലാന്നാണ് ഈ ഗോപിക കൃഷ്ണൻ വരുന്നതിന് മുമ്പ് വളരെ സാമർഥ്യമായിട്ട് വെണ്ണയൊക്കെ മാറ്റുകയോ അല്ല വെണ്ണ കടഞ്ഞെടുക്കാതിരിക്കുകയോ ചെയ്തു അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഗൃഹകു കുപിത്തോ യാതി ഉപക്രോശോ ആ വീടിനോട് കോപിച്ചു അത്ര ആ വീടിനോട് കോപിച്ചിട്ട് ആ തൊട്ടിലെ കിടക്കുന്ന കുഞ്ഞിനെ നല്ല വണ്ണം നുള്ളി വിട്ടിട്ട് പോയി എന്നാണ് അത് ഉറക്കം നിലവിളിക്കണോ കുട്ടി ഈ ലീല മുമ്പ് വലിയ വിഷമം ഉണ്ടാവും എന്താന്ന് വെച്ചാൽ ഈ കുട്ടി ഭാവം എന്ത് ചെയ്തു ഭഗവാൻ ഈ കളിക്കണ കളിയൊക്കെ ഗോപസ്ത്രീകളോട് വെച്ചാ പോരേ ഇപ്പൊ ജനിച്ചു വീണിരിക്കണ കുട്ടിയെ നുള്ളി വിട്ട് കരയിപ്പിക്കുക എന്ന് വെച്ചാൽ ക്രൂരമായൊരു വിനോദം വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ഗൃഹകുപിത്തോയാതി ഉപക്രോശ്യ തോക്കാ ഗൃഹകൂപിതഹ എന്നാണ് ആ വീടിനോട് കോപിച്ചു വീടിനോട് കോപിച്ചു എന്നുള്ളത് രണ്ടു വിധത്തിൽ അർത്ഥം ചെയ്യാം ഒന്ന് വീടിനോട് കോപിച്ചു വീടിനോട് കോപിക്കാന്ന് വെച്ചാൽ വെണ്ണ കിട്ടണം ഭഗവാൻ ഭഗവാന് നമ്മളെയൊക്കെ ലോകത്തിൽ അയക്കുമ്പോ ഭഗവാൻ പറയണത് നീ ലോകത്തിൽ ചെന്ന് തൈര് കടഞ്ഞ് വെണ്ണയെടുത്തു വെക്കും ഞാൻ വന്ന് കക്കാം ആ വെണ്ണ എന്താ ഹയ്യങ്കവീന ഹൃദയം എന്നാണ് നമ്മളുടെ ഉള്ളിലൊക്കെ അനുഭൂതിയാവുന്ന വെണ്ണ ഉണ്ട് പക്ഷെ പാലില് വെണ്ണ പോലെ കലർന്നു കിടക്കാണ് പാല് കടഞ്ഞാ കിട്ടില്ല അല്ലെ പാലില് ഒര തൈരായ വെണ്ണം കിട്ടും ഒരയ ഒഴിക്കലെന്താ സത്സംഗത്തിൽ ചെന്ന് മഹത്സംഗം കൊണ്ട് വിവേകമാവുന്ന ഒരു തുള്ളി മോര് അതിൽ വീണാൽ പാല് പിരിഞ്ഞ് ഒരയൊഴിഞ്ഞ് ഒഴിച്ചു നിക്കും പിന്നെ എന്ത് ചെയ്യണം ഏകാന്തത്തിലിരുന്ന് ഗോവിന്ദ ദാമോദര കടയണം കടഞ്ഞെടുത്ത് വെണ്ണയാക്കി വെച്ചാൽ ഭഗവാൻ നമ്മളോട് ചോദിക്കാതെ വന്ന ആ വെണ്ണ കൊണ്ടുപോകും അപ്പോ വെണ്ണ ഉണ്ടാക്കാനാണ് നിങ്ങളെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾ വെണ്ട ഭക്തിയാവുന്ന അല്ലെങ്കിൽ അനുഭൂതിയാവുന്ന വെണ്ണ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും ഗൃഹകുപിത്തഹ വീട് മുഴുവൻ തകർക്കും ഇതിന് പരിഭാഗപ്പെട്ടിട്ടും അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടില്ലെങ്കിൽ ഒരു വശത്ത് ഒന്നിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിലോ ശരീരം തന്നെ ഗൃഹം ശരീരത്തിൽ വ്യാധികളായിട്ടും മറ്റു പലതും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിനല്ല നീ വന്നിരിക്കണത് ഈ ശരീരത്തിനെ വെച്ചുകൊണ്ട് ഇവിടെ പായസം കുടിക്കാനല്ല നീ വന്നിരിക്കണത് ഉം പലപ്പോഴും മറന്നുപോകുവേ എന്തൊക്കെ ചെയ്ത് സന്യാസമെടുത്താൽ പോലും മറന്നുപോകും സ്വാമി തപോവനം അദ്ദേഹത്തിന്റെ തപോവന ചരിത്രത്തിൽ ഒരിടത്ത് പറയുന്നു കുംഭമേള നടക്കുമ്പോ ഋഷികേഷില് ഈ മാർവാഡീസ് കുറച്ചുപേര് വന്ന് ലഡ്ഡു വിതരണം ചെയ്യ സന്യാസിമാർക്ക് നൂറ്റിക്കണക്കിന് സന്യാസിമാർ തമ്മിൽ അടിയും ബഹളവും അത്രയും ലഡു വാങ്ങിക്കാനായിട്ട് അപ്പോ തപോവനസ്വാമികൾ അവിടെ എഴുതുകയാണ് വേദകാലം മുതൽ ഇവിടെ പ്രചാരത്തിലുള്ള ചതുർത്ഥാശ്രമം ഈ സന്യാസാശ്രമം സർവവും ഉപേക്ഷിച്ച് വീടും ഒക്കെ ഉപേക്ഷിച്ച് എല്ലാവർക്കും ആരാധ്യമായി ചതുർത്ഥാശ്രമം ഉരുണ്ടുരുണ്ടിട്ടുള്ള ലഡ്ഡു തിന്നാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്കിത് കണ്ടാ തോന്നുന്നു അപ്പോ എന്താ നമ്മൾ വന്നത് അത് സന്യാസികളല്ല നമ്മൾക്കൊക്കെ ഉള്ളതാണ് ഭഗവാനെ അനുഭവിക്കാനായിട്ട് ഭഗവാൻ നമ്മൾ പറഞ്ഞയക്കണു ്രഹ്മാവലോകദിഷണംവഹ നമ്മുടെയൊക്കെ സൃഷ്ടിച്ചപ്പോ ഭഗവാൻ സന്തോഷമായി ഇവരൊക്കെ ചെന്ന് ആത്മാനുഭവം നേടും ബ്രഹ്മത്തിനെ അറിയും ബ്രഹ്മ സാക്ഷാത്കാരം നേടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈശ്വരൻ പറഞ്ഞത് അപ്പൊ അതിന് തയ്യാറാവാതെ ശരീരത്തിനെ മാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഭഗവാൻ എന്തു ചെയ്യും ഇതുപോലെ നുള്ളിവിടും ഇടക്കിടയ്ക്ക് ഓരോ നുള്ളലാണ് ഈ ഡയബറ്റീസ് ആയിട്ടും ബി പി ആയിട്ടും ഓരോ വിധ ശരീരവ്യാധിയായിട്ടും കുടുംബ പ്രശ്നങ്ങളായിട്ടും ഒക്കെ വരുന്നത് ഭഗവാന്റെ നുള്ളലാണ് എന്ത് ചെയ്യുന്നു ഭഗവാൻ ഓർമ്മിപ്പിക്കാം ദുഃഖത്തിനെ ദുഃഖം ഇല്ലെങ്കിൽ ഭക്തന്മാരെ ഉണ്ടാവില്ല ലോകത്തിൽ ഈശസ്യ കൃപയാ ദുഃഖം ആഗമിഷ്യത്തിദേഹിനാം ഭോഗു വിരതിം ദാത്തും തസ്മാ ദുഃഖം ന ഗർഹയേത് ഈശ്വരന്റെ പരമ അനുഗ്രഹം കൊണ്ട് ജീവന് ദുഃഖം ഉണ്ടാവണം ദുഃഖം എന്തിനാ ഭോഗേഷു വിരതി സംസാര ഭോഗങ്ങളിൽ വൈരാഗ്യം ഉണ്ടാവാൻ ആയിട്ട് അതുകൊണ്ട് ഭോഗത്തിനെ അല്ല ദുഃഖത്തിനെ നിന്ദിക്കരുതെന്ന് ദുഃഖം ഭഗവാന്റെ ഒരു മെസ്സേജാണ് ഒരു സന്ദേശമാണ് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്നെ മറന്ന് ഇവിടെ എന്ന് ഓർമ്മിപ്പിക്കുക ഉള്ളൂ അപ്പോ ശരീരം ശരീരം മാത്രമാണ് ഞാൻ ശരീരത്തിൽ തന്നെ നമുക്ക് പൂർണ്ണത കിട്ടേണ്ടതാണ് എന്നുവെച്ചാൽ സുഖം അനുഭവിച്ച് നല്ല സൗഖ്യം അനുഭവിച്ച ആരോഗ്യത്തോടുകൂടെ നമ്മൾ ഇത്രയൊക്കെ പുരോഗമിച്ചിട്ട് ശരീരത്തിന്റെ മണ്ഡലത്തിൽ പൂർണ്ണത നേടാൻ നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല സാധ്യവുമല്ല അതൊരു അംശം മാത്രമാണേ അതുകൊണ്ട് അതൊന്നും പൂർണ്ണമല്ല ഒരു സയൻസും പൂർണ്ണമല്ല എല്ലാ ശാസ്ത്രവും ബ്രഹ്മവിദ്യ ഒഴിച്ച് ബാക്കിയുള്ള ശാസ്ത്രങ്ങളൊക്കെ തന്നെ പകുതി സത്യവും പകുതി കള്ളവുമാണ് അതുകൊണ്ട് എന്ത് കുഴപ്പം എന്ന് വെച്ചാൽ അത്യന്തം കള്ളമായതിനെക്കാളും കുഴപ്പമാണ് അത്യന്തം കള്ളമായത് മൊയലിന്റെ കൊമ്പ് കുതിരയുടെ കൊമ്പെന്നൊന്നും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല പക്ഷെ ഈ ജ്യോതിഷം അല്ലെങ്കിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ സയൻസ് അടക്കം പകുതി നമ്മൾ വിശ്വസിപ്പിക്കും എന്താ കുറെ ഒക്കെ ഗുണം ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് അതിൽ വിശ്വാസം ജനിച്ചു ബാക്കി പകുതി ഉണ്ടല്ലോ ജീവിതം മുഴുവൻ നമ്മൾ അതിലിങ്ങനെ കടന്ന് കടന്ന് കടന്ന് കടന്ന് കിടന്ന് ദുഃഖിക്കും അപ്പൊ എന്താ എന്ത് ശാസ്ത്രവും അതിന് പരിമിതികളുണ്ട് ശരീരശാസ്ത്രത്തിന് പരിമിതികളുണ്ട് ശരീരത്തിനെ പൂർണ്ണമായി ഞാൻ എന്ന് കരുതി ഇവിടെ പൂർണമായ ഒരു തൃപ്തി ഉണ്ടാവില്ല ഇത് ആദ്യത്തെ വിവേകമാണ് വിവേകം ഉദിക്കുന്നത് ആദ്യം ഇങ്ങനെയാണ് ദേഹം ഞാൻ അല്ല ദേഹം എന്റെ അല്ല ദേഹം എനിക്ക് വേണ്ടിയും ഈ മൂന്നെണ്ണം തെളിഞ്ഞാൽ ബാക്കിയൊക്കെ സത്യം പകൽ പോലെ തെളിയും ദേഹം ഞാനല്ല എന്നുള്ളത് സംശയമുണ്ടോ വിചാരം ചെയ്ത് നോക്കണം ദേഹം ഒരിക്കലും ഞാൻ എന്ന് പറയുന്നില്ല അതിനകത്ത് മറ്റെന്തോ ഒന്നാണ് ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്നത് കൈയില്ലാത്തവർ എത്രയോ പേരുണ്ട് അവർക്കാർക്കും അല്പം ഞാൻ പോയതായിട്ട് തോന്നണില്ല കയ്യും കാലും അവർക്ക് വ്യക്തിത്വം ആ വ്യക്തിബോധത്തിൽ കുറവുള്ളതായിട്ട് തോന്നണില്ല അത് പൂർണ്ണമായിട്ട് ഞാൻ ഉണ്ട് എന്ന അനുഭവം ആ കയ്യോ കാലോ മുറിഞ്ഞു കിടക്കുന്നത് എടുത്തുകൊണ്ടുപോയി അത് ഇന്ന ആളുടെ ആ കൈ റിപ്പോർട്ട് ചെയ്യില്ല അതിനെ ജഡമാണ് തീയിലിടാനേ കൊള്ളുകയുള്ളൂ തീയിലിടാനേ കൊള്ളു മാംസപിണ്ഡമാണ് കയ്യോ കാലോ ഒന്നും ഞാനല്ല തലയും ഞാനല്ല യോഗികളൊക്കെ സഹസ്രാരചക്രം എത്തിയാൽ കഴിഞ്ഞു എന്ന് പറഞ്ഞു ജ്ഞാനികൾക്ക് ഇതിൽ അല്പം വ്യത്യാസമുണ്ട് അവര് സഹസ്രാര ചക്രവും പോരാന്നാണ് ഹൃദയസ്ഥാനത്തിലേക്ക് വരണം രമണ മഹർഷി ഇത് പറഞ്ഞപ്പോ ഒരു വലിയ താന്ത്രികം കാവ്യകണ്ഠ ഗണപതി മുനി പറഞ്ഞു ഭഗവാനെ അതെങ്ങനെ തലയിലാണ് സഹസ്രാര ചക്രം എന്ന് പറയുന്നുമല്ലോ തലയിലാണ് ഈ പൂർണമായ സ്ഥിതി എന്ന് പറയണമല്ലോ അങ് പറയുന്നു ഹൃദയസ്ഥാനമാണെന്ന് പറയുന്നുവല്ലോ എന്ന് ചോദിച്ചു അപ്പൊ രമണ മഹർഷി അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കണ ഒരാളെ കാണിച്ചു കൊടുത്തു ഒരു ഓരഞ്ചിൽ നിന്ന് ഇരുന്നിട്ട് ഉറങ്ങി ഇങ്ങനെ തല വീഴണുവേ അത് കാണിച്ചു കൊടുത്തു മഹർഷി പറഞ്ഞു അത് ചൈതന്യ സ്ഥാനമാണെങ്കി ഇങ്ങനെ വീഴുവോ അത് എന്തോ കണക്ഷൻ കിട്ടുമ്പോ എഴുന്നേറ്റ് നിൽക്കണു ആ കണക്ഷൻ കട്ടാവുമ്പോൾ കറണ്ട് കട്ടായ സ്ഥലം പോലെ ചോട്ടിലേക്ക് വീഴാണ് അപ്പോ ഈ ബ്രെയിൻ സെന്റർ െന്റും പൂർണ്ണമല്ല അതുകൊണ്ടാണ് ബ്രെയിൻ കൊണ്ട് മാത്രം ഇന്റലക്ട് കൊണ്ട് മാത്രം അറിഞ്ഞു വെക്കുന്ന ശാസ്ത്രം നമ്മളെ ഒരു ലിമിറ്റോടെ നിർത്തി കളയണത് അപ്പോ ഹൃദയസ്ഥാനം ലോകത്തിലെവിടെ ചെന്നാലും എല്ലാരും ഞാൻ എന്ന് പറയുമ്പോ ഹൃദയത്തിലേക്ക് വരൽച്ചുകൊണ്ടു അല്ലേ ഹൃദയത്തിലേക്ക് വരൽച്ചുകൊണ്ടു നമ്മളുടെ വ്യക്തിബോധം ഒളിഞ്ഞുകിടക്കുന്ന സ്ഥലവാദം അതുകൊണ്ടാണ് പൂതനാമോക്ഷത്തിന് ഒരു അത്ഭുതമായൊരു വ്യാഖ്യാനം ഭഗവാൻ കൃഷ്ണം വന്ദേ ജഗദ്ഗുരുന്ന് ഗുരുവിന് ശിഷ്യന് ചക്ഷുർദീക്ഷ കൊടുക്കാം കണ്ണുകൊണ്ട് കണ്ടിട്ടൊരു ദീക്ഷ ഉപദേശം പറഞ്ഞു ഉപദേശിച്ചിട്ട് ദീക്ഷ കൊടുക്കാം കൈകൊണ്ട് ശിരസിൽ സ്പർശിച്ച് ദീക്ഷ കൊടുക്കാം പാദം കൊണ്ട് സ്പർശിച്ച് ദീക്ഷ കൊടുക്കാം പക്ഷെ പൂതനയ്ക്ക് വലിയൊരു ഭാഗ്യം കിട്ടി ഭഗവാൻ പൂതനയുടെ നെഞ്ചില് എവിടെയാണോ അഹങ്കാരവും വാസനകളും ഒക്കെ ഒളിഞ്ഞുകിടക്കുന്നത് അവിടെ സ്പർശിച്ചു അതും കൈയെല്ലാം വെച്ചത് വായ വെച്ചു അതാണ് അവൾക്ക് സാമുഞ്ച മുഞ്ച അലമിതി പ്രഭാഷിണി അവളുടെ ജീവ ജീവ വാസനകൾ എവിടെയൊക്കെ മർമസ്ഥാനങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്നുവോ അത് മുഴുവൻ വലിച്ചെടുത്തു അഹങ്കാരത്തിന്റെ ഒളിഞ്ഞുകിടക്കുന്ന സ്ഥാനമാണ് ഹൃദയം അപ്പൊ ആ ഹൃദയത്തില് വേണം സത്യത്തിനെ അന്വേഷിക്കാൻ അപ്പൊ ഞാൻ ശരീരമല്ല കയ്യോ കാലോ തലയോ ഒന്നുമല്ല ഹൃദയം എവിടെ ശരീരത്തിലാണോ ശരീരത്തിലുമല്ല ശരീരത്തിൽ വെറുതെ ഒരു സ്ഥാനം പറഞ്ഞു അത്രേയുള്ളൂ ഹൃദയത്തിലാണ് ശരീരം ഇരിക്കുന്നത് ശരീരത്തിൽ ഹൃദയമല്ല ഹൃദയത്തിലാണ് ശരീരം ഹൃദയം എന്ന് വച്ചാൽ ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹൃദയത്തിനെ അല്ല പറയുന്നത് ബ്രഹ്മം തന്നെ ഹൃദയം പരമാത്മാ തന്നെ ഹൃദയം ഹൃദ് അയം ഹൃദി അയം തിഷ്ട്രാഖ്യാനം ഹൃത്ത് തന്നെ ഇവന്റെ സ്വരൂപമാണ് ഭഗവാന്റെ സ്വരൂപമാണ് ഹൃദയം തന്നെ ഭഗവാന്റെ സ്വരൂപമാണ് അപ്പോ അതുകൊണ്ട് ആ തമിഴില് ഹൃദയത്തിന് ഉള്ളം എന്ന് പേര് ഉള്ളം എന്ന് വെച്ചാൽ ഉള്ള പൊരുൾ ഉള്ള സ്ഥലം എന്നാണ് സദ്വസ്തു പ്രകാശിക്കുന്ന സ്ഥാനം അപ്പോ ഹൃദയത്തിൽ വേണം സത്യത്തിനെ അന്വേഷിക്കാൻ ശരീരം ഞാനല്ല ശരീരം എന്റെയുമല്ല എന്റെ പറയണു ഇതിൽ എന്തെങ്കിലുമൊക്കെ നടക്കണത് വല്ലതും നമുക്കറിയോ എന്റെ പറയണെന്നല്ലാതെ ഊണ് കഴിച്ച് വായിലിട്ടു വയറിൽ പോയി എന്തൊക്കെ സംഭവിക്കണു വല്ലതും അറിയോ എന്തൊക്കെയോ ശബ്ദം കേൾക്കുള്ള എന്താ നടക്കണത് ഒന്നും അറിയില്ല പുറമേക്ക് തലവേദന വന്നാൽ മരുന്ന് കഴിക്കാം തലവേദന ഉള്ളിൽ എന്തൊക്കെ മെഷീനറി എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു ഒന്നും അറിയില്ല നമ്മളുടെ ദേഹം എന്ന് പറയണമെന്നല്ലാതെ ഈ ദേഹത്തിലുള്ള ഒരു പ്രയത്നവും നമ്മൾ ചെയ്യേണ്ടതല്ല നമുക്കൊരു നിയന്ത്രണവും അതിലില്ല ഇപ്പൊ ഇവിടെ വന്ന് ഓർമ്മ വരും ആർക്കറിയാം എന്തൊക്കെ തോന്നും എന്ന ആർക്കറിയാം അതാണ് യാവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത സ്മൃതിരൂപേണ സംസ്ഥിത വിശക്കാൻ പാടില്ല വിചാരിച്ചാൽ വിശപ്പ് വരണു ക്ഷുതാരൂപേണ സംസ്ഥിത എന്റെ അടുത്ത് ചോദിച്ചിട്ടല്ല വിശക്കണം എന്ന് വിചാരിച്ചാൽ വിശപ്പ് വരണില്ല ഉറക്കം വരാൻ പാടില്ല എന്ന് വിചാരിച്ചാൽ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ ഉറക്കം വരണു നിദ്രാരൂപേണ സംസ്ഥിത ഇതൊന്നും നമ്മളുടെയല്ല നമ്മളുടെ ആണെങ്കിൽ വേണ്ട സമയത്തൊക്കെ നിയന്ത്രിക്കാമായിരുന്നു അല്ലെ ഉറക്കം വരണം വിചാരിക്കുമ്പോൾ ഉറക്കം വരും അല്ലേ ചിലർക്ക് എത്ര മരുന്ന് കഴിച്ചാലും ഉറക്കം വരില്ല ഉറങ്ങണം വിചാരിച്ചാലും ഉറക്കം വരില്ല വേണ്ടാത്ത സമയത്ത് ഉറക്കം വരും അപ്പൊ എന്താ ഇതൊക്കെ പ്രകൃതിയുടെ ആണെ അഥവാ ഭഗവാന്റെയാ നമ്മളുടെ അഹങ്കാരം വെറുതെ വൃഥ അഹങ്കരണം പരം അഹങ്കാരം എന്റെ ശരീരം എന്നൊക്കെ പറയണെന്നല്ലാതെ ഈ ശരീരത്തിൽ ഒരുവിധത്തിലും നമുക്ക് സ്വത്വമില്ല പിന്നെ അടുത്തതെന്താ അഭിമാന ഈ ശരീരം എനിക്ക് വേണ്ടിയാണെന്നുള്ളത് അതോടത്തോളം പൂർണമായ തൃപ്തി ആനന്ദം നമുക്കുണ്ടാവില്ല ഈ ശരീരം നമ്മൾ ഈ മൂന്ന് കാര്യം പ്രായോഗികത്തില് അനുഭവത്തിൽ കൊണ്ടുവന്നാ മതി എല്ലാവർക്കും ഉണ്ട് ആർക്കും ആത്മസാക്ഷാത്കാരം പുതിയതായിട്ട് നേടാനൊന്നുമില്ല ആത്മാ എല്ലാവരുടെ ഉള്ളിലും സാക്ഷാത്തായിട്ട് പ്രകാശിക്കണം പക്ഷെ ആത്മാവല്ലാത്ത വസ്തുവിനെ താൻ എന്ന് കരുതിയതിന്റെ കുഴപ്പമാണ് ഇപ്പൊ നമുക്കുള്ളത് അതങ്ങോട് മാറ്റിയാ മതി ആത്മാ എല്ലാവർക്കും പ്രകാശിക്കും ആർക്കെങ്കിലും മരിക്കും എന്ന് തോന്നുന്നുണ്ടോ എത്ര മരണം കാണുന്നു അല്ലേ എത്ര മരണം കണ്ടാലും കൊണ്ടുപോയി ദഹിപ്പിച്ചിട്ട് വരുന്ന ആൾക്കുപോലും തൽക്കാലത്തേക്ക് പറയും ഇത്രയേ ഉള്ളൂ നമ്മളുടെ ജീവിതം എന്ന് പറയും എന്നല്ലാതെ പലഹാരം കഴിച്ചാൽ പിന്നെ ഉറങ്ങുകയു പിന്നെ അതൊന്നും പ്രശ്നമല്ല എത്ര പേടിപ്പിച്ചാലും ശരി കുറച്ചു ദിവസം വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കും പിന്നെ മറന്നുപോകും എന്തുകൊണ്ട് വാസ്തവത്തിൽ നമുക്ക് മരണമില്ല എന്നുള്ളത് എല്ലാവരുടെ ഉള്ളിലും അറിയാം അത് ശരീരവുമായിട്ട് കൂട്ടിക്കഴക്കുമ്പോൾ ശരീരത്തിനു മരണമുണ്ട് എന്നുള്ളത് കൊണ്ട് മരണ ഭയം ഇടയ്ക്ക് വരണം പക്ഷെ യഥാർത്ഥ സ്വരൂപത്തിൽ ഒരു ഭയവും നിൽക്കില്ല അതേപോലെ അശുദ്ധി ഒരു അശുദ്ധിയും നമ്മൾ യഥാർത്ഥത്തിൽ തീണ്ടില്ല എത്രയൊക്കെ തന്നെ പള്ളിയിൽ ചെന്നിട്ട് പാപിയാണ് കർത്താവെ രക്ഷിക്കണം എന്ന് പറഞ്ഞാലും പുറമേക്ക് വന്നിട്ട് അയാളെ പാപിന്നൊന്ന് വിളിക്കൂ ഇനീഷ്യൽ വെച്ചിട്ട് ഏ പാപി ഒന്ന് വിളിക്കൂ കയ്യിൽ കിട്ടിയത് തല്ലാൻ വരും എന്താ അയാളുടെ ഉള്ളിൽ നിന്ന് സംതിങ് പ്രൊക്ലെയിംസ് ഞാൻ പാപിയല്ല അശുദ്ധനാണ് ഇങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ പൂർണ്ണ വസ്തു സദാ ഉപലബ്ധമാണ് പക്ഷെ എവിടെയോ ഒരു കൂട്ടിക്കുഴയ്ക്കൽ അതല്ലാത്ത വസ്തുക്കളുമായിട്ടൊരു കൂട്ടിക്കുഴയ്ക്കൽ ഇരുട്ടും വെളിച്ചവും കൂടെ കൂടിക്കൊഴഞ്ഞിരിക്കണോ അത്രയുള്ളൂ അതെടുത്ത് മാറ്റേണ്ട ജോലിയേ ഉള്ളൂ പുതിയതായിട്ടൊന്നും നേടാനില്ല അപ്പോ ശരീരം ഞാൻ അല്ല ശരീരം എന്റെ അല്ല എന്റെ ആണോ എന്നുള്ളത് വിട്ടുകഴിഞ്ഞാൽ പൂർണ്ണമായ വസ്തു പ്രകാശിക്കും എന്റെ അല്ല എനിക്ക് വേണ്ടിയല്ല അത് ഭഗവാന് അർപ്പിതം ഇതൊന്ന് അഭ്യസിക്കാൻ വേണ്ടിയാണ് ഓരോ ദിവസവും ഓരോ കർമ്മങ്ങളും ചെയ്ത് കഴിയുമ്പോ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാദ്യ സകലം പരസ്മൈ നാരായണായേത്തി സമർപ്പയാമിഹി എന്ന് പറയുന്നു ഈ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എന്തൊക്കെ ഞാൻ ചെയ്യുന്നു അതൊക്കെ നാരായണൻ അർപ്പണം ഞാൻ എന്ന് ഏറ്റെടുക്കണില്ല ഇതൊന്നും എന്റെ അല്ല അപ്പൊ ഞാൻ ആരാണ് ഈ ശരീരം ഞാൻ അല്ലെങ്കിൽ മനസ്സും ബുദ്ധിയും ഒന്നും തന്നെ ഞാൻ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് നമ്മൾക്ക് അനുസൂതം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത് ഇതിന്റെ സ്വരൂപം എന്താണ് ഇതിങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ ആചാര്യസ്വാമികളുടെ ഒരു പ്രസിദ്ധമായ കഥ ഉണ്ട് ആചാര്യസ്വാമികളുടെ അനേക ശിഷ്യന്മാർ അവർക്ക് അദ്ദേഹം ശൃംഗേരിയിൽ വെച്ച് തുഭദ്രാനദിയുടെ തീരത്തും ഉപനിഷത്വങ്ങളൊക്കെ ഉപദേശിക്കുമ്പോൾ അവിടെ ഇവർക്ക് അളിന്തങ്ങൾ നിർമ്മിച്ചു കൊച്ചു കൊച്ചു കൊച്ചു കുടീരങ്ങൾ അപ്പോ നദിയിൽ കുളിച്ചിട്ട് ഒരു മരച്ചവട്ടലിരുന്ന ദിവസം ശ്രീശങ്കരൻ വരുന്നവർക്കൊക്കെ തത്വോപദേശം ശിഷ്യന്മാർക്ക് താൻ എഴുതിയ ഉപനിഷത്ത് ഭാഷ്യം പഠിപ്പിക്കുകയാണ് ഒരു ശിഷ്യനെ എത്ര പറഞ്ഞാലും പിടികിട്ടണില്ല ആ ശിഷ്യൻ ചോദിക്കും അങ് പറയുന്നു ബ്രഹ്മം സത്യം ജഗൻ മിഥ്യ ഈ ബ്രഹ്മം എന്താണ് ആചാര്യസ്വാമികൾ അനേകം യുക്തികൾ പറഞ്ഞു നോക്കി യുക്തികളൊന്നും ഇദ്ദേഹത്തിന് പിടികിട്ടണില്ല ബുദ്ധി ശുദ്ധമാണെങ്കിൽ തത്വം തെളിയും അതിനുവേണ്ടി കാത്തു നിൽക്കണം അതാണ് ഈ ഗുരുവിന്റെ കൂടെ വസിക്കണം എന്ന് പറയണത് അല്ലാതെ നമ്മളൊരു ക്ലാസിൽ പോയിട്ട് ഒരു പഠിച്ച ഒരു ലിമിറ്റിന് മേലെ പിടികിട്ടില്ല ഗുരുവിന്റെ കൂടെ വസിക്കണമെന്ന് വെച്ചാൽ എന്താർത്ഥം ഗുരുവിന്റെ ഹൃദയം അറിയണം അല്ലാതെ കൂടെ പോയി വസിക്കണതും കൊണ്ട് വലിയ കാര്യമില്ല ഹൃദയം അറിയാതെയാണെങ്കിൽ ഹൃദയം അറിയണം അതിന് ചെലപ്പോ സമയം പിടിക്കണം ഇദ്ദേഹം കൊറേ കാല കൂടെ താമസിച്ചു പലവട്ടം പല വിധത്തിൽ ഇദ്ദേഹത്തിന് ബ്രഹ്മത്തോ ഉപദേശിച്ചു പിടികിട്ടില്ല ഒരു ദിവസം ഇദ്ദേഹം ദ്ര നദിയിൽ നിന്നും കുടത്തില് വെള്ളം കൊണ്ടുവരാ ആചാര്യസ്വാമികൾ താമസിക്കുന്ന കുടീരം അളിന്തം അതിനകത്തേക്ക് വെള്ളം ഒരു കുടത്തില് വെള്ളം കൊണ്ടുവരുന്നു വെള്ളം കൊണ്ടുവന്ന് കുടിലിന്റെ വാതിൽ അടച്ചിരിക്കാണ് അവിടെ വന്ന് കൈ കൊണ്ടിങ്ങനെ മുട്ടി അപ്പൊ ആചാര്യർ ചോദിച്ചു ആരാണ് കസ്ത്വം അയാൾക്ക് ഒരേ ഉത്തരമേ പറയാനുള്ളൂ അഹം പിന്നെയും ചോദിച്ചു കസ്ത്വം അഹമസ്മി അഹമസ്മി ഭഗവൻ ഞാൻ തന്നെയാണ് രണ്ടാമത് രണ്ടെണ്ണം ഒന്നു അല്ലെ ഒന്ന് ഉറപ്പിച്ചു ഞാൻ ഞാൻ തന്നെ ഞാൻ തന്നെയാണ് ഭഗവൻ വീണ്ടും ചോദിച്ചു കസ്ത്വം അഹമസ്മി വീണ്ടും എന്താ ശബ്ദം അറിയാമല്ലോ ശബ്ദം അറിയുന്ന ആളാണെങ്കിൽ നമ്മൾ പേര് പറയില്ല പരിചയമുള്ള ആളാണെങ്കിൽ പേര് പറയില്ല രണ്ടുപേര് ഇരുട്ടിലിരിക്കുകയാണെങ്കിൽ പരസ്പരം ആരാണ് ചോദിച്ചാൽ ഞാനാണ് അല്ലെ ഇരുളിലിരിപ്പവനാരുന്ന് ഒരുവൻ ഉരപ്പതുകേട്ടു താനുമേപം അതിനോതും പ്രതിവാക്യം ഏകമാകും രണ്ടുപേര് ഇരിക്കണു ഒരാളോട് ചോദിച്ചു എന്താണ് ആരാണ് ഞാനാണ് ഇയാൾ ഇയാളോട് ചോദിച്ചു ആരാ ഞാനാണ് ഞാനാണ് ഞാനാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിലാണ് ഈ ഞാനിനെ ആ ഞാനിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പേര് വയ്ക്കും അത്രയേ ഉള്ളൂ അപ്പോ ഒരേ ഒരു പേരേ ഉള്ളൂ ഞാനാണ് അതേപോലെ ഇവിടെ ആചാര്യസ്വാമികൾ ചോദിച്ചു കസ്ത്വം അഹം അദ്ദേഹത്തെ വെറുതെ അഹം എന്ന് പറഞ്ഞു വീണ്ടും ചോദിച്ചു കസ്ത്വം അഹമസ്മി വീണ്ടും ചോദിച്ചു കസ്ത്വം അഹമസ്മി അപ്പോ ആചാര്യ ചോദിച്ചു ഇതിൽ അഹം എന്താണ് അസ്മി എന്താണ് അഹം എന്നൊന്ന് പൊന്തുന്നു അസ്മി എന്നുള്ളത് കൊണ്ട് ഉണ്ട് ഞാൻ തന്നെ ഞാൻ ഉണ്ട് ഐ എക്സിസ്റ്റ് ഐ ആം ഇദ്ദേഹം പഠിക്കൽ തന്നെ നിൽക്കുകയാണ് ഇവിടെ നിന്നുള്ള ഉത്തരമാണ് കസ്ത്വം അഹം കസ്ത്വം അഹമസ്മി അസ്മി എന്ന് വെച്ചാൽ എന്താണ് അഹം എന്ന് വെച്ചാൽ എന്താണ് ഈ ഒരു ചോദ്യം ഈ ശിഷ്യൻ അചലനായിട്ട് നിന്നു അവിടെ നിശ്ചലമായിട്ട് തന്റെ ഉള്ളിൽ തന്നെ ഈ അഹം എന്താണ് ഞാൻ എന്താണ് ഞാൻ എന്ന് പറയുന്നത് എന്താണ് ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ച് നിന്നുപോയി നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ സത്യം അഖണ്ഡ ബോധം ഉള്ളില് തെളിഞ്ഞു പ്രകാശിച്ചു കുറച്ചു നേരത്തേക്ക് അദ്ദേഹത്തിന് നിർവൃത്തി ഉണ്ടാക്കി സത്യം തെളിഞ്ഞു കിട്ടി എന്ത് ചെയ്തു ഇവിടെ തൈര് കടഞ്ഞാൽ വെണ്ണ വേർപിരിഞ്ഞു വരുന്ന പോലെ ഉള്ളില് അല്പം ഒന്ന് ശുദ്ധമായപ്പോ തന്റെ തന്നെ അഹങ്കാരം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ അഹങ്കാരം ജഡമായ ശരീരം മനസ്സ് ബുദ്ധി ഇതിന്റെയൊക്കെ പിടിവിട്ട് പിരിഞ്ഞു വന്നു പിരിഞ്ഞു വന്ന് പ്രകാശിച്ചു അപ്പൊ എന്തായി അത് ശുദ്ധ ചൈതന്യമായിട്ട് അവബോധമായിട്ട് ഉള്ളില് പ്രകാശിച്ചു അതാണ് സാന്ദ്ര ആനന്ദ അവബോധാത്മകം എന്ന് പറയും അവബോധം ആ അവബോധം ഉള്ളില് തെളിഞ്ഞു പ്രകാശിച്ചു സ്ഫുരണം അന്തസ്ഫുരന്തം സദ ആചാര്യസ്വാമികളുടെ വാക്കാണ് ഉള്ളില് സ്ഫുരിക്ക അപ്പോ ഇത് എല്ലാവർക്കും സമ്പേദ്യമാണ് എല്ലാവർക്കും അറിയപ്പെടുന്ന വസ്തുവാണ് ്രഹ്മം പുതിയതായിട്ട് അറിയേണ്ടതല്ല സർവേഷാം പ്രസിദ്ധത്വാത്ത് ആദിശങ്കരൻ തന്നെ പറഞ്ഞു എല്ലാവർക്കും കിട്ടിയിട്ടേണ്ടതെന്നാണ് പിന്നെ എന്താ അറിയാത്തത് ഇതാണ് അത് എന്ന് അറിയണില്ല അത്രയേ ഉള്ളൂ ഈ കിട്ടിയിരിക്കുന്നതിനെ ശ്രദ്ധിക്കണില്ല ജ്ഞാനത്തിന് സാധനയല്ല മുഖ്യം ശ്രദ്ധയാണ് ശ്രദ്ധാവാൻ ലഭതജ്ഞാനം ശ്രദ്ധ ഇതിലേക്ക് വീഴണം ഒരു കഴുത്തിൽ ഇട്ടിരിക്കുന്ന രത്നമാല കാണാനില്ല എന്ന് പറഞ്ഞ് കേസ് പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തു നാട്ടിൽ മുഴുവൻ അന്വേഷിച്ചു ആ വീട്ടിലുള്ള ജോലിക്കാരിയെ അന്വേഷിച്ചു എല്ലാം കഴിഞ്ഞ് അവസാനം ഷർട്ട് അഴിക്കുന്ന സമയത്ത് ഭാര്യയെ പറഞ്ഞു ദാ കഴുത്ത് തന്നെ ഇട്ടിരിക്കണം ഇതിനാണോ ഈ ലോകം മുഴുവൻ അന്വേഷിച്ചത് സ്വകണ്ഠാഭരണം തന്റെ കഴുത്ത് കിടക്കുന്ന വസ്തു ലോകത്ത് മുഴുവൻ അന്വേഷിക്കണ പോലെ നമ്മളുടെ ഹൃദയസ്ഥാനത്ത് തന്നെ അനുഭൂതിമണ്ഡലത്തിൽ തന്നെ സദാ പരമസത്യം പ്രകാശിച്ചുകൊണ്ടിരിക്കും ഈശ്വര സർവഭൂതം ഹൃദ്ദേശുന തിഷത്തി അഹം ആത്മാ ഗുടാകേശ സർവഭൂതാശയസ്ഥിത അഹമാതിശ മധ്യം ചൂതാമ ഈ ഗീതാവചനങ്ങളൊക്കെ ഇതിന് പ്രമാണം അപ്പോ ആത്മസാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരത്തിന് എന്ത് വേണം ഈ ഞാൻ എന്താണ് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു തന്നെ അറിഞ്ഞാൽ ഈശ്വരനെ അറിഞ്ഞു തന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തിയാൽ പ്രപഞ്ചത്തിന്റെ പരമമായ അധിഷ്ഠാനം കണ്ടെത്തപ്പെട്ടിരിക്കുന്നു ദുഃഖം അസ്തമിക്കും ആനന്ദമുണ്ടാവും ശാന്തി ഉണ്ടാവും തൃപ്തി ഉണ്ടാവും ഇത് പറയാനാണ് ഇത്രയധികം ശാസ്ത്രങ്ങൾ രമണ മഹർഷി ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു കാര്യം വളരെ എളുപ്പമാണ് ഇത് പറയാൻ ഇത്രയധികം പുസ്തകങ്ങൾ ഇത്രയധികം വ്യാഖ്യാനങ്ങൾ ഇത്രയധികം കർമ്മങ്ങൾ ചുറ്റി വളച്ച് എത്രയൊക്കെ പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താ സത്യം എളുപ്പമാണ് പക്ഷെ നമ്മളുടെ ബുദ്ധി വളരെ ജട്ടിലാണ് കോംപ്ലെക്സ് ആണ് അതുകൊണ്ട് നമുക്ക് എളുപ്പമായിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല വളരെ ജട്ടിലമായിട്ട് അതും കള്ളം പറഞ്ഞാൽ വളരെ ഇഷ്ടമാകും സത്യം പറയുന്നതിനേക്കാളും കള്ളത്തിലാണ് മനസ്സിന് ജീവിക്കാൻ പറ്റുന്നത് ഞാനിപ്പോ ഇത്രയും പറയുന്നതിന് പകരം തൃപ്പുണിത്തറയ്ക്ക് വരുന്ന വഴിയിൽ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടു ജനലിൽ കൂടെ എഴുന്നേറ്റ് നോക്കുമ്പോ ഒരു വെളുത്ത രൂപം നടക്കണം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ മതി പുറകെ ഉള്ളവർ കഴുന്നേറ്റ് നിൽക്കും എന്താ കള്ളം പറഞ്ഞാൽ അതിൽ മനസ്സിന് ജീവിക്കാം മനസ്സിന് ജീവിക്കാം സത്യം മനസ്സിന് വളരെയധികം അപകടമാണ് മനസ്സിനെ അത് നിശേഷം അസ്തമിപ്പിക്കും ഈശ്വരന്റെ സ്വരൂപമാണ് സത്യം പ്രകാശം മനസ്സോ ഇരുട്ടാണ് മനസ്സെന്നുള്ളത് കൊണ്ട് അന്ധകരണത്തിന് മുഴുവനല്ല ഈ സങ്കല്പ വികല്പം ഉണ്ടാക്കുന്ന അവിദ്യാ പഠനം അത് നീങ്ങി കിട്ടിയാൽ ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ തന്നെ പ്രകാശിക്കും സർവേശ്വരൻ നമ്മളുടെ ഹൃദയത്തിൽ തന്നെ പ്രകാശിക്കും ഈ സത്യം ബോധിപ്പിക്കുകയാണ് ഭഗവാൻ അർജുനനും കുരുക്ഷേത്ര ഭൂമി എന്ന് വെച്ചാൽ കുരുക്ഷേത്രം എന്ന് വച്ചാൽ നമ്മളുടെ ജീവിത ജീവിത യുദ്ധം നടക്കുന്ന ഭൂമിയാണ് കുരുക്ഷേത്രം േത്രം അത് തന്നെ ധർമ്മക്ഷേത്രവുമാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതാ യുത്സവ ധർമ്മക്ഷേത്രമാണ് ഇവിടെ നമ്മള് പരമമായ ധർമ്മം കണ്ടെത്താനായിട്ട് വന്നിരിക്കുകയാണ് ധർമ്മം അനുഷ്ഠിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോ ഭാ ഭഗവത്ഗീത ആരംഭിക്കുന്നത് ധൃതരാഷ്ട്രരുടെ ഈ ചോദ്യത്തോടു കൂടിയാണ് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ഇവരെന്തു ചെയ്തു പാണ്ഡവരും കൗരവരും എന്തു ചെയ്തു എന്തിനാപ്പൊ ഭഗവത്ഗീത ഈ ധൃതരാഷ്ട്രതയും വെച്ചുകൊണ്ട് ആരംഭിച്ചത് എന്നുവെച്ചാൽ അല്ലേ സാധാരണ ഒരു പുസ്തകം ആരംഭിക്കുമ്പോ ഒരു നല്ല ഒരു ശ്ലോകത്തോടുകൂടെ ഒരു മംഗള ശ്ലോകത്തോടുകൂടെ ആരംഭിച്ചുകൂടായിരുന്നു ഇത് ധൃതരാഷ്ട്രോ വാചാണ് കണ്ണു കാണാത്ത ഒരാള് അദ്ദേഹത്തിന് കണ്ണില്ല ഉള്ളിലും കണ്ണില്ല ആരെങ്കിലും ഒക്കെ പറഞ്ഞുകൊടുത്താലും അദ്ദേഹത്തിന് പറ്റില്ല എന്നിട്ടും അദ്ദേഹത്തിനെ തന്നെ സ്വീകരിച്ചു കാരണം ലോകത്തിൽ അധികവും ഇങ്ങനെയുള്ളവരാണ് ധൃതരാഷ്ട്രയുടെ അനേകം ഗുണങ്ങൾ ലോകത്തിലുള്ളവർക്ക് സാധാരണ കാണാറുണ്ട് അന്ധപരമ്പരയും സംസാര സരണീഹീന അന്ധപരമ്പരണം അപ്പോ ആ ധൃതരാഷ്ട്രർക്ക് ബോധിപ്പിക്കുന്നതായിട്ടാ മൂന്ന് ശ്രോതാക്കളുണ്ട് ഭഗവത്ഗീതയിൽ അർജുനൻ ധൃതരാഷ്ട്രർ സഞ്ജയനും കൊണ്ട് സഞ്ജയനല്ലാതെ വേറെ ഒരു ശ്രോത പറയുന്നത് ഹനുമാൻ ഇതിൽ ഹനുമാൻ ഉത്തമ ശ്രോതാവാണ് എന്നാണ് പറയുമ്പോ തന്നെ അദ്ദേഹം ഗ്രഹിച്ചു ധൃതരാഷ്ട്ര അധമ ശ്രോതാവാണ് എന്താന്ന് വെച്ചാൽ എത്ര പറഞ്ഞിട്ട് ഇതൊന്നും നമുക്ക് പറ്റില്ല സത്സംഗത്തിൽ അങ്ങനെ മൂന്ന് ടൈപ്പിലുള്ള ആളുകളും ഉത്തമ ശ്രോതാവ് പറയുമ്പോ തന്നെ അനുഭവം മധ്യമ ശ്രോത അർജുനനെ പോലെ ഒരു സംശയം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരും സംശയം ചോദിക്കും ധൃതരാഷ്ട്ര ശ്രോതാവ് ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം കൈ കൊണ്ടുപോയി ചളിയിൽ കഴുകുക എന്ന് പറയില്ലേ അതുപോലെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ തൊക്കെ പറയാം ഇതൊന്നും നമുക്ക് പറ്റില്ല അതാണ് ധൃതരാഷ്ട്ര ശ്രോതാവ് അപ്പൊ ഈ മൂന്ന് പേരും ഭഗവത്ഗീതയിലുണ്ട് ഉം അർജുനനെ ഭഗവാൻ ഉപദേശിക്കുന്നു ഒരു ഗീതാശാസ്ത്രം ഉപദേശം ഫലിക്കണമെങ്കിൽ ധർമ്മപുത്രരും വേണ്ട ഭീമൻ പോരാ അർജുനനെ പോലെ ചോദ്യം ചോദിച്ചു മനസ്സിലാക്കുന്നു ഒരു തലത്തിലുള്ള ആൾക്കു വേണ്ടി ഗീതാശാസ്ത്രം അതുകൊണ്ട് അർജുനനെ ഭഗവാൻ തെരഞ്ഞെടുത്തു ഇവിടെ നമ്മളുടെ ശരീരം തന്നെ രഥം ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേപത്തു ബുദ്ധിംതു സാരിം വിദ്യനാഹു വിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയോയുക്തം ഭഹു മനീഷിണ ശരീരമാവുന്ന രഥം അതില് അർജുനനാവുന്ന ജീവൻ ആ ജീവന്റെ ബുദ്ധിസ്ഥാനത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത് ബുദ്ധിയിൽ ഈ അറിവുണ്ടെങ്കിൽ ജ്ഞാനം ഉണ്ടെങ്കിൽ വിവേകമുണ്ടെങ്കിൽ ജീവിതത്തിൽ അല്പം പരാജയം ഏർപ്പെട്ടാൽ പോലും ബുദ്ധി നമ്മളെ പിടിച്ച് ഉദ്ധാരണം ചെയ്യും ജ്ഞാനം ഉദ്ധാരണം ചെയ്യും നമുക്ക് ബുദ്ധി ഇല്ലെങ്കിൽ അഥവാ നമുക്ക് വിവേകമില്ലെങ്കിൽ വിവേകമുള്ള ഒരാളെ കൂട്ടുപിടിച്ചാലും മതി സത്സംഗം ഉണ്ടെങ്കിൽ മതി അതും ഒരു പുറമേക്കൊരു വ്യാഖ്യാനം ഭഗവാനെ ആശ്രയിക്കും അതേസമയം എത്രയധികം അഭിമാനിയാണെങ്കിലും കഴിവുള്ള ആളാണെങ്കിലും ഈ ബുദ്ധിക്ക് തെളിച്ചമില്ലെങ്കിൽ അഥവാ അയാളുടെ കൂട്ട് ശരിയില്ലെങ്കിൽ പരാജയമായിരിക്കും ഫലം അതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് മറുവശത്ത് കർണൻ അർജുനനെ പോലെ പ്രബലനാണ് അർജുനനെ പോലെ തന്നെ ശക്തനാണ് എല്ലാ ആയുധങ്ങളും അറിയാം പക്ഷെ സാരഥി സ്ഥാനത്തിൽ ഇരുന്ന ആൾ ആരാ ശല്യർ അല്ലെ പേര് തന്നെ സൂചിപ്പിക്കുന്നു ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളാണ് യുദ്ധഭൂമിയിൽ വരുമ്പോഴേക്കും ശല്യര് പറയും തന്നെ കൊണ്ടൊന്നും സാധ്യമല്ല കേട്ടോ ഇതാ അർജുനൻ വരുന്നു താൻ ഇപ്പൊ തോൽക്കും തന്നെ ഇപ്പൊ അർജുനം കൊല്ലും തനിക്ക് വില്ലു പിടിക്കാൻ തന്നെ അറിയില്ല എന്നിട്ടല്ലേ യുദ്ധം ചെയ്യാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നേരെ മറച്ച ആ വശത്ത് അല്പം എന്നെ വയ്യ എന്ന് പറഞ്ഞപ്പോഴും ഭഗവാൻ പിടിച്ചു ഉദ്ധാരണം ചെയ്തു ഉത്തിഷ്ടപരന്ത എന്ന് പറഞ്ഞു പിടിച്ച് എഴുന്നേപ്പിച്ചു അപ്പൊ ഇത് രണ്ടും ഒരു രണ്ട് ഉദാഹരണങ്ങളാണ് ബുദ്ധി തെളിഞ്ഞാൽ വിജ്ഞാനസാരഥിർ യസ്തു മനഃപ്രഗ്രഹവാര സ്വധ്വനപാരമാനോതി തദ്വിഷ്ണോഹോ പരമം പദം ആരുടെ ബുദ്ധി വിജ്ഞാനസാരഥിയാണോ ഇപ്പോ തദ്വിഷ്ണോഹോ പരമം പദം ആ പരമപദത്തിനെ അയാള് പ്രാപിക്കും ആരുടെ ബുദ്ധി അജ്ഞാനസാരഥിയാണോ അയാൾക്ക് ലക്ഷ്യസ്ഥാനം പ്രാപിക്കാൻ കഴിയില്ല എത്ര കഴിവുകളുണ്ടെങ്കിലും ബുദ്ധിയിൽ അജ്ഞാനം പ്രബലമാണെങ്കിൽ ഈ കഴിവുകൾ ഒന്നും തന്നെ പ്രയോജനപ്പെടില്ല അതിന് തെളിവാണ് ഇവർ രണ്ടുപേരും ഗീത ആരംഭിക്കുന്നത് വിഷാദയോഗത്തോടുകൂടിയാണ് അതേമേ പറഞ്ഞു ദുഃഖമാണ് നമ്മളെ ഭഗവാന്റെ അടുത്ത് എത്തിക്കുന്നത് ദുഃഖമാണ് നമ്മളെ ആത്മസാക്ഷാത്കാരത്തിന് പരിപാകപ്പെടുത്തുന്നത് വിഷാദമാണ് പലപ്പോഴും നമ്മളെ ഈശ്വരന്റെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഭട്ടതിരി ഒരു സ്ഥലത്ത് പറഞ്ഞു ഹേ രോഗാഹാ നു യൂയമേവ സുഹൃദ ഹേ രോഗങ്ങളെ നിങ്ങളാണ് എന്റെ സുഹൃത്തുക്കൾ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഗുരുവായൂരപ്പനും ഭക്തിയും ഒക്കെ നാളെ നാളെ നാളെ നാളെ വെക്കുമായിരുന്നു ഒരിക്കലും സാധ്യമാവില്ലായിരുന്നു അപ്പൊ വിഷാദം ഉണ്ടാവുമ്പോ ഭഗവാന്റെ അടുത്തേക്ക് വരും എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാകുമ്പോ ദുഃഖം ഉണ്ടാവുമ്പോ ശോകം യോഗത്തിന് കാരണമായിട്ട് തീരും ഇവിടെ അർജുനനും വിഷാദമുണ്ടായി മമത കൊണ്ടുള്ള വിഷാദം ആ വിഷാദം ഭഗവാന്റെ ഉപദേശത്തിന് കാരണമായി ഈ പാണ്ഡവ വംശത്തിനും ഒരു നമസ്കാരം ചെയ്യണം നമ്മൾ പരീക്ഷത്ത് പറയുന്നുണ്ട് മഹത്തമാനുഗ്രഹണീയ ശീലാ ഞങ്ങളുടെ കുടുംബം മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് പവിത്രമാണ് അത് തന്നെ ഞങ്ങൾക്ക് ശീലമായി പോയിരിക്കും എന്താ ഈ പാണ്ഡവ വംശത്തിനെ നമസ്കരിക്കണം എന്ന് പറയണതെന്ന് വെച്ചാൽ മുത്തശ്ശൻ നമുക്ക് ഭഗവത്ഗീത വാങ്ങിച്ചു തന്നു പേരക്കുട്ടി ഭാഗവതം വാങ്ങിച്ചു തന്നു ഇവിടെ അർജുനൻ ചോദിച്ച ചോദ്യമാണ് തത്വോപിചാരത്തിന് കാരണമായി തീരുന്നത് ഭഗവാനെ ഷാധിമാം ത്വാം പ്രപന്നം എനിക്ക് ധർമ്മം എന്താ എന്ന് അറിയില്ല എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്താ എന്നും എനിക്ക് അറിയില്ല എനിക്ക് ഉപദേശിക്കൂ ഞാൻ ശിഷ്യസ്തേഹം ഷാധിമാം ത്വാം പ്രപന്നം ഞാൻ അവിടുത്തെ ശിഷ്യനാണ് ദാസനാണ് അങ്ങ് ഉപദേശിക്കുന്നവടി ചെയ്തോളാം എനിക്ക് തത്വോപദേശം ചെയ്തു തരൂ എന്ന് ഭഗവാനോട് അർജുനൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഗീതാശാസ്ത്രം ആരംഭിക്കുന്നത് സാഖ്യയോഗം രണ്ടാമത്തെ അധ്യായം അതിൽ തന്നെ ഗീത പൂർത്തിയായി രണ്ടു മാർഗമേ ഉള്ളൂ ലോകേസ്മിൻ ദ്വിധാനിഷ്ഠ സാഖ്യയോഗേന യോഗിനാം കർമ്മയോഗേന യോഗിനാം സാഖ്യയോഗേന സംഖ്യാനം ജ്ഞാനയോഗേന സംഖ്യാനം രണ്ടു മാർഗം ഇത് രണ്ടും കഴിഞ്ഞ് സാങ്ക്യയോഗവും കർമ്മയോഗത്തോടെ ഭഗവാൻ നിർത്തേണ്ടതാണ് ഗീത അതിന്റെ നിർത്തുന്ന ഒരു ലക്ഷണവും കാണുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിൽ ഇമം വിവസ്വതം അഹം അവയം എന്ന് പറഞ്ഞ അവിടെ അവസാനിപ്പിക്കേണ്ടതാണ് ഞാൻ ഇത് സൂര്യൻ ഉപദേശിച്ചു പരമ്പരയായിട്ട് ഈ യോഗം വന്നു അപ്പൊ അർജുനൻ ചോദിച്ചു ഒരു ചോദ്യം ഇതോടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചു അങ്ങനെ നാലാമത്തെ അധ്യായം അഞ്ചാമത്തെ അധ്യായം ആറാമത്തെ അധ്യായത്തിൽ ധ്യാനയോഗത്തിനെ പറഞ്ഞു പിന്നെ ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് വളരെ പ്രധാനമായിട്ട് രാജവിദ്യാരാജഗുഹ്യ യോഗം അതിൽ ഭക്തിയുടെ ലക്ഷണങ്ങളെയും ശരണാഗതിയും ഒക്കെ സൂചിപ്പിച്ചു ഭഗവത്ഗീത പതിനെട്ട് അധ്യായങ്ങൾ ഒരു മാലയുടെ നടുവില് ഒരു ഡോളർ പോലെ ഈ ഒമ്പതാം അധ്യായം അതിൽ ഹൃദയസ്ഥാനത്ത് അഹൻ അനന്യാ മാം യേജനാ പര്യുപാസത്തെ തേശാം നിത്യാഭിയുക്താം യോഗക്ഷേമം വഹാമ്യഹം ഇത് ഒമ്പതാം അധ്യായം പത്താം അധ്യായത്തിൽ ഭഗവാൻ തന്റെ വിഭൂതികളൊക്കെ പറഞ്ഞു ജഗത്തിനെ മുഴുവൻ ഭഗവാന്റെ വിഭൂതിയായിട്ട് കണ്ടാൽ മനസ്സ് ചലിക്കില്ല അവികമ്പയോഗം ഉണ്ടാവും അതിനായിട്ട് വിഭൂതി പറഞ്ഞു പതിനൊന്നാമത്തെ അധ്യായം വിശ്വരൂപം കാണിച്ചു കൊടുത്തു ജഗത്ത് മുഴുവൻ ഭഗവാന്റെ സ്വരൂപമായിട്ട് കാണിച്ചു കൊടുത്തു പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ വിശ്വരൂപ ദർശനത്തിന്റെ ഫലമായി ഏർപ്പെട്ട ഭക്തി ഭക്തി എന്താണ് എന്ന് ഭക്തന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു പതിമൂന്നാം അധ്യായം ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗം ജടത്തിനെയും ചൈതന്യത്തിനെയും പിരിച്ച് ശരീരം വേറെ ശരീരത്തിനകത്ത് ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്ന ക്ഷേത്രജ്ഞൻ വേറെ എന്ന് പിരിച്ചു ഉപദേശിച്ചു പതിനാലാമത്തെ അധ്യായത്തില് ഗുണത്രയവിഭാഗ യോഗം എന്നാണ് സത്വം രജസ് തപസ് എന്നുള്ള മൂന്ന് ഗുണങ്ങള് നമ്മളെ പിടിച്ചിരിക്കുക ശരീര രൂപത്തിലും മനസ്സിന്റെ രൂപത്തിലും ബുദ്ധിയുടെ രൂപത്തിലും നമുക്ക് ഈ മൂന്ന് ഗുണങ്ങളുടെയും പിടിയിലാണ് നമ്മൾ ഈ മൂന്നെണ്ണവും പ്രകൃതിയുടെ ആണ് ആത്മാവിനെ ഇവ യഥാർത്ഥത്തിൽ സ്പർശിക്കുന്നില്ല എന്ന തത്വം പ്രകാശിപ്പിക്കാനായിട്ട് ഗുണത്രയ വിഭാഗ യോഗം പതിനാലാം അധ്യായം അതിന്റെ പാരമ്യം ഗുണത്രയ വിഭാഗവും കഴിഞ്ഞ് ഒരു സരസില് പ്രതിബിംബിക്കുന്ന സൂര്യൻ ആകാശത്തിലെ സൂര്യൻ അവിടുത്തെ തടാകം തടാകത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ ഈ മൂന്നെണ്ണം ഉണ്ട് അതെ തടാകം നോക്കിയാൽ തടാകത്തിലെ വെള്ളം കലങ്ങിയാൽ സൂര്യനും കലങ്ങിയ പോലെ തോന്നും തടാകത്തിലെ വെള്ളം ചലിച്ചാൽ സൂര്യനും ചലിച്ച പോലെ തോന്നും പക്ഷെ ആകാശത്തിൽ നോക്കിയാലോ യഥാർത്ഥ സൂര്യൻ കല കളങ്കപ്പെട്ടിട്ടുമില്ല ചലിക്കണമില്ല സാക്ഷി മാത്രമായി നിശ്ചലമായിട്ട് നിൽക്കും ഇതുപോലെ മൂന്നംശം ഇവിടെ ഉണ്ട് ഒന്ന് ഈ ചിത്തം ചിത്തത്തിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യം ഇതിന് സാക്ഷിയായിട്ട് നിൽക്കുന്ന ചൈതന്യം ഈ മൂന്നും ചിത്തം ചിത്തത്തിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യം സാക്ഷിയായി നിൽക്കുന്ന ചൈതന്യം ഇതിന് എല്ലാത്തിനും ആധാരഭൂതമായിട്ടുള്ള അഖണ്ഡ ചൈതന്യം അതിനെ പുരുഷോത്തമൻ എന്ന് ഭഗവാൻ പറഞ്ഞു ആ പുരുഷോത്തമന്റെ ലക്ഷണമാണ് പതിനഞ്ചാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം ഭഗവത്ഗീതയിൽ വളരെ കൊച്ച അധ്യായം ചെറിയ അധ്യായമാണിത് അതുകൊണ്ടാ പലപ്പോഴും ഗീത ഗീത പാരായണം ചെയ്യുമ്പോൾ ചിലപ്പോ ഊണ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഈ പതിനഞ്ചാം അധ്യായം ചൊല്ല എന്നൊരു പതിവുണ്ട് ഈ പതിനഞ്ചാം അധ്യായം വളരെ പ്രധാനമായിട്ടുള്ള അധ്യായം ഈശ്വരന്റെ സ്വരൂപം പുരുഷോത്തമന്റെ സ്വരൂപത്തിനെ വർണ്ണിക്കുന്നതാണ് അതിനൊരു ആമുഖമാണ് നമ്മളുടെ ഇന്നത്തെ പ്രഭാഷണം നാളെ നമ്മൾ ശ്ലോകം ചൊല്ലി അർത്ഥം ചൊല്ലി പോകും നാളെ കൃത്യം ആറേ കാലിന് തന്നെ ആരംഭിച്ച് ഭഗവത്ഗീതയിലേക്ക് പ്രവേശിക്കുകയാണ് പുരുഷോത്തമ യോഗം നമ്മള് യോഗം എന്ന് വെച്ചാൽ സമത്വം യോഗ ഉച്ച യോഗം എന്ന് വെച്ചാൽ അനുഭൂതി എന്നാണ് അർത്ഥം ബ്രഹ്മവിദ്യായം യോഗശാസ്ത്രേ ഓരോ അധ്യായം കഴിയുമ്പോഴും ഭഗവത്ഗീത ബ്രഹ്മവിദ്യയാണ് യോഗശാസ്ത്രമാണ് എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കും ബ്രഹ്മവിദ്യ എന്ന് വച്ചാൽ തത്വജ്ഞാനം തത്വോപദേശം യോഗശാസ്ത്രം എന്ന് വെച്ചാൽ അതിനെ അനുഭൂതിയിലേക്ക് കൊണ്ടുവരാനുള്ള വഴി ഇത് രണ്ടും ഗീതയിലുണ്ട് അതുകൊണ്ടാണ് ഓരോ അധ്യായത്തിനും യോഗം എന്ന് പറയുന്നത് ഉപനിഷത്തുകളാവുമ്പോ തത്വ ഉപദേശം തത്വം പറയുന്നു ഗീതയില് അത് സാക്ഷാത്കരിക്കാനുള്ള മാർഗം കൂടെ കാണിച്ചതരെയാണ് ഭഗവാൻ ഇതിനെ എങ്ങനെ നമുക്ക് സ്വാനുഭവത്തിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ എന്തു പ്രയോജനം എന്ത് ശാസ്ത്രമാണെങ്കിലും അതെനിക്ക് അനുഭൂതിക്ക് പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്കത് അനുഭവത്തിന് വരില്ലെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം അതുകൊണ്ട് ഈ ശാസ്ത്രം അനുഭൂതിയിലേക്ക് വരാനുള്ള മാർഗമാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയണത് പ്രായോഗികമായ വേദാന്തം വേദാന്തത്തിനെ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം സ്വാനുഭവത്തിൽ എങ്ങനെ കൊണ്ടുവരാം ഇതാണ് കൃത് ആരേ കാൽ തുടങ്ങും സത്യം ജാനമനന്തരമാകാശം ഗോഷപ്രാങ്കണരിഗണലോലമ പരമായാസം മായാക്കൽമനാ ഭുവന ശ്മാനാഥം പ്രണമത ോവിം പരമാനന്ദം ഗോവിന്ദ പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദമത്സിഹേതിയശോദ താടനശൈശവ സാസം വ്യഥി വ ോകലോകോക്കോകളി ലോകത്രയപുരമൂലസ്തംഭം ലോകലോകമനോക്കോകരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ജ ഗോവിന്ദം പരമാനന്ദം ത്രൈവിഷ്ടപുവീരഘ്നം കിതിഭാരഘ്നംഘ്നം കൈവല്യം നവനീത ഭുവനം വൈമലയസ്ഫുടേവൃത്തിവിശേഷാഭാസമ ണമത ഗോവിനന്ദം ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദോവിന്ദ പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദംദാത്ത ഗോചരം തമ ഗോചര ോവിന്ദം പരമാനന്ദം സദ്ഗുരു പ്രണതസ്മ്യഹം സുഖിന് സന്തുേ സു നിരാമയാേ ഭദ്രാണി പശ്യൻ മാ കിഖഭനസേന്ദ്രിർവാ ബുദ്ധ്യത്മന പ്രകൃതി സ്വഭാ കോമി യം പരസ്മൈ നാരായണയേതി സമർപ്പി